കൽപ്പദ്രു കൽപ്പതും സത്യഭാമാഭവനപുവിസൃജൻ ദൃഷ്ടഹസ്രോഷ വിഹിതൂവു ലാളയൻ കെളിഭേദ ആശ്ചര്യാൽ നാരദോക തത്ര താവിഗേ പൂയ സർവാസു ക ദശദശ തൻ സത്യഭാമാവനഭൂമി കൽപദ്രും ഈ കൽപ്പതരുവിനെ എവിടെയാണ് വെക്കേണ്ടത് സത്യഭാമയല്ലേ ചോദിച്ചു കൊണ്ടുവന്ന് അപ്പൊ സത്യഭാമയുടെ വീട്ടിന് മുറ്റത്ത് തന്നെ ഈ കൽപ്പതരു പിടിപ്പിച്ചു എന്നിട്ടോ ദാഹസ്രയോഷാശ്രീകൃത്യ ആ പതിനാറായിരം പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് വീട് വെച്ചു അല്ലെങ്കിൽ ഭഗവാൻ അറിയാം ഇവരെല്ലാവരും കൂടി ഒരു വീട്ടിൽ താമസിച്ചാൽ ഇഡ്ലി സാമ്പാറാക്കുകയോ എന്നുള്ളത് അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു ഇവരെല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് വീട് വെച്ച് അവിടെ താമസിപ്പിച്ച് ഒരു ശുഭമുഹൂർത്തത്തിന് ഭഗവാൻ ഒരേ പോലെയുള്ള മണ്ഡപത്തിൽ എല്ലാവർക്കും ഒരേ വസ്ത്രം കൊടുത്ത് ഒരേ വസ്ത്രം തന്നെ ഒരുപോലത്തെ വസ്ത്രം കൊടുത്ത് ഒരേപോലുള്ള ആഭരണങ്ങൾ കൊടുത്ത് ഭഗവാൻ പതിനാറായിരം രൂപമെടുത്ത് ഒറ്റയടിക്ക് ഒരു മുഹൂർത്തത്തിൽ കല്യാണം കഴിച്ചു വീഡിയോഗ്രാഫർമാരുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഈ പതിനാറായിരം പേരുടെയും ഒറ്റ സ്നേഹത്ത് കിട്ടാൻ വളരെ പ്രയാസന് ഈ ഫോട്ടോഗ്രാഫർമാർക്ക് പ്രയാസം തന്നെയാണ് ഏതായാലും ഭഗവാൻ ഒറ്റയടിക്ക് തക്ക് കല്യാണം ചില ഇവിടെ കണ്ടല്ലോ സദ്യയ്ക്ക് കണ്ടല്ലോ ചില ക്ഷേത്രങ്ങളിലൊക്കെ പതിനായിരം പേർക്കൊന്നിച്ച് സദ്യ കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഒറ്റയടിക്ക് പതിനാറായിരം കല്യാണം ഒരുമിച്ച് കഴിച്ച് ലോകത്തിൽ ഇന്നേവരെ റെക്കോർഡ് തകർക്കാൻ പറ്റാത്ത ഒരു ഒളിമ്പിക്സിലും ഒരു ആർക്കും ഓടിക്കൊണ്ടൊക്കെ എത്താം പക്ഷേ ഭഗവാനെ ഈ വിധത്തിൽ തോൽപ്പിക്കാൻ ഒരാൾക്ക് സാധ്യല്ല അതുകൊണ്ടാണ് ഭാരതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ഇത്ര റെക്കോർഡ് തകർത്ത ഒരാളും ഒരു കാര്യത്തിലില്ല പറയുന്നത് ഇനി അത് മാത്രല്ല ഓ ഒരു ദിവസം നാരനിർക്കൊരു വിഷമം വന്നു പാവം ഈ പതിനാറായിരം പെൺകുട്ടികളൊക്കെ ഭഗവാൻ അറ്റൻഡ് ചെയ്യണ്ടാവൂ പാവങ്ങൾ ഇങ്ങനെ കാത്തിരിക്കേണ്ടാവും ഒരു ദിവസം വെച്ചിട്ടേ കലണ്ടർ വെച്ചിട്ട് എന്റെ ദിവസന്റെ വീട്ടിൽ എന്റെ ദിവസന്റെ വീട്ടിൽ അങ്ങനെയായിരിക്കും അത്രയും വീടുകളില്ലേ അപ്പൊ നാരദ മാഷിക്കൊരു ഡൌട്ട് വന്നപ്പോ ഇൻവെസ്റ്റിഗേഷൻ സ്വയം അന്വേഷിക്കാൻ വിചാരിച്ചിട്ട് പോയി നോക്കി അപ്പൊ ഏതേത് വീട്ടിൽ പോയാ പോയാലും അവിടെയൊക്കെ ഭഗവാനെക്കുണ്ട് അതും ഭഗവാൻ വെറുതെയിരിക്കുന്ന ഭഗവാനല്ല ചിലടത്ത് ഭഗവാൻ പച്ചക്കറി എരിഞ്ഞു കൊടുക്കുന്നുണ്ട് ചിലടത്ത് ഭഗവാൻ തമാശ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചിലയിടത്ത് ഭഗവാൻ സ്ഥാരി അയൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭഗവാൻ ഫുൾ എൻഗേജഡാണ് വെറുതെ ഭഗവാനെ കണ്ടില്ല ചിലടത്ത് ഭഗവാൻ ഭാര്യയ്ക്ക് വിഷ്ണു സഹസ് നാമം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഉച്ചാരണം ഒന്ന് ശരി എന്ന് പറഞ്ഞാൽ ചായയെടുത്തുള്ളൊരു ഭാര്യയെ ഭാര്യയ്ക്ക് മനസ്സിലാവില്ല എന്താന്നുള്ളത് ഏതായാലും അപ്രകാരക്കെ ഭാര്യയൊക്കെ പഠിപ്പിക്കുന്ന ഒരു കൃഷ്ണൻ അല്ല എല്ലായിട്ടും എൻഗേജഡായിരിക്കുന്ന ഒരു കൃഷ്ണനെ ആ നാരദമാഷി കണ്ട് നമസ്കരിച്ചു പോകുന്ന അവിടെ കൊണ്ടൊന്നില്ല ഈ പതിനാറായിരത്തെട്ട് പത്നിമാരിലും ദശദശ തനാൻ പത്ത് പത്ത് കുട്ടികളുണ്ടെന്ന് പറയാണ് അപ്പൊ മൊത്തം എത്ര കുട്ടികളുണ്ടോ നോക്കൂ ഇതല്ല ഇത് തമാശതല്ല ഇവർക്കൊക്കെ എന്താവോ രാവിലെ തന്നെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവുക ഇവരെല്ലാവരും കൂടി ഒരു വീട്ടിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പത്തിരുപത് പേര് വന്നാൽ തന്നെ അന്ന് ഉമാവാണത് ആകപരിഭ്രമാണ് അവിടെ ഇവിടെ ഒരു പത്ത് പത്ത് പത്ത് മക്കളുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നാറില്ല ദിവസവും കഞ്ഞി കഴിക്കുന്ന ഒരു ഭാഗമായിരിക്കണം ദോശയിട്ടില്ല അവർ കഴിച്ചിണ്ടാവില്ല കാരണം ഇത്ര കുട്ടികൾക്ക് എവിടെ ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിന് വളരെ മറ്റേ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടാക്കേണ്ട സംവിധാനം വരുന്നതും എത്ര ഓർഡർ വരുന്നത് അല്ലെ നമുക്ക് ചിന്തിക്കൂ ഭഗവാൻ ബാംഗ്ലൂരിൽ ഷോപ്പിംഗിന് വരുന്ന ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഈ പതിനാറായിരം കുട്ടികളെയും കൊണ്ട് ഭാര്യമാരെയും അതൊരു അത്ഭുതം തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ആ ജീവിതം എന്ന് പറയുന്നത് ഇതൊക്കെ ആലോചിച്ചിരിക്കാൻ നല്ല രസമാണ് പതിനാറായിരം പെണ്ണുങ്ങളും അതുപോലെ അതിലൊക്കെ പത്ത് പത്ത് മക്കളും ഒരു ലക്ഷത്തി അറുപതിനായിരം മാനേജ് ചെയ്യാനെന്ത് പ്രയാസമായിരിക്കും ഇവരൊക്കെ തൊട്ടിൽ കിടക്കുമെന്ന് ആലോചിച്ച് നോക്കൂ ഇവരൊക്കെ ഒരു വീട്ടിൽ എന്തായാലും ഇവർക്കൊന്നും വേണ്ടി ഭഗവാൻ ദൂരത്തേക്കൊന്നും സ്കൂളോ പറഞ്ഞേക്കേണ്ടി വരില്ല അവിടെ തന്നെ തുടങ്ങണം യൂണിവേഴ്സിറ്റി അതിനുള്ള കുട്ടികൾ അവിടെ സാധ്യതകൾ ഇങ്ങനെ ഭഗവാൻ ഇത്രയൊക്കെ ബറ്റാലിയൻ പട്ടതിരിപ്പാട് പറയാണ് ഇങ്ങനെ വലിയൊരു ബറ്റാലിയൻ നയിക്കാൻ പറ്റുന്ന അങ്ങേക്ക് എന്റെ ഒരു ചെറിയ രോഗം മാറ്റാനാണോ കൃഷ്ണപ്രയാസം അതുകൊണ്ടുതന്നെ അനുഗ്രഹിക്കുക ഇങ്ങനെ ഈ ഭാഗം ഉപസമരിപ്പിച്ചു അപ്പൊ എന്താ ഈ കഥ പറയുന്നത് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടിരിക്കുമ്പോഴും ഇതിലെല്ലാം വളരെയധികം ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം കഥകളല്ല പ്രധാനം കഥകളെ പറഞ്ഞിരിക്കുന്നത് കഥയുടെ ഉള്ളിലുള്ള സാരം ഗ്രഹിക്കാനാണ് ഭാഗവതത്തിൽ ഏത് കഥ പറയുമ്പോഴും അതിന്റെ ഉള്ളിൽ ചിന്തിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും മനസ്സിലായില്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ പതിനാറായിരത്തെട്ട് കല്യാണം കഴിക്കുകയാണ് ആദ്യം എട്ടെണ്ണം കെട്ടി പിന്നെ പതിനാറായിരം എട്ടിന്റെ ഡബിളാണ് ഇതിനാണ് അപ്പൊ എട്ട് എന്താണ് സാഖ്യശാസ്ത്രത്തിൽ ശാസ്ത്രങ്ങളിൽ ഒരു ശാസ്ത്രമാണ് സാഖ്യശാസ്ത്രം അതിൽ എട്ട് എന്ന് പറയുന്നത് പ്രകൃതിയുടെ പ്രതീകമാണ് പ്രകൃതിയാണ് എട്ട് എന്ന് പറയാം നിങ്ങൾ ഗീത മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വേഗം മനസ്സിലാവും ഭഗവാൻ പറയും പ്രകൃതയഹ അഷ്ടാദശ അ പ്രകൃതി എന്ന് പറയുന്നത് എട്ടാണ് ഏതാ എട്ട് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പ്രകൃതിയല്ല ശാസ്ത്രത്തിൽ പറയുന്ന പ്രകൃതി നമ്മൾ പറയുന്ന പ്രകൃതി ഒരാൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ ഓ അയാൾ ദേഷ്യമുള്ള പ്രകൃതിയാണ് അയാൾക്ക് സന്തോഷമുള്ള പ്രകൃതിയാണ് ആ പ്രകൃതിയല്ല ഇവിടെ ഇവിടെ പറയുന്ന പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതി തത്വം എട്ടെണ്ണമാണ് ഒരു വ്യക്തിയെ നിലനിർത്തുന്നത് എട്ട് പ്രകൃതി തത്വമാണ് അതാണ് അതിന്റെ അർത്ഥം ഏതൊക്കെയാണ് എട്ട് പ്രകൃതി തത്വങ്ങള് നമ്മുടെ ശരീരത്തിന്റെ നിലനിൽപ്പിന് സഹായിക്കുന്നത് എട്ട് പ്രകൃതി തത്വം അഞ്ച് പ്രകൃതി തത്വങ്ങളാണ് ഏതൊക്കെയാണ് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എവിടെന്നാണ് വരുന്നത് ഭൂമിയിൽ നിന്ന് അപ്പൊ ഭൂമിയൊരു പ്രകൃതി തത്വം പിരക്കുടിക്കാൻ വെള്ളം വേണം ശ്വസിക്കാൻ വായു വേണം ഭക്ഷണം ദഹിപ്പിക്കാൻ അഗ്നി വേണം പിന്നെ ചലിക്കാൻ ആകാശം വേണം ഉള്ളിലും പുറത്തും ആകാശം അപ്പം ഇതിനെ പറയും പഞ്ചമഹാഭൂതങ്ങൾ ഇങ്ങനെ അഞ്ചു പ്രകൃതി ശരീരത്തിനെ നിലനിർത്തും ഭൂമിരാപ്പോ നല്ലോ വായുഖം ഭൂമി വായു ആപ്പം ആപ്പം തോന്നാൽ പാലക്കാട്ടുകാരുടെ അപ്പല്ല ആപ്പെന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ ആപ്പ് വെള്ളം ഇങ്ങനെ ഭൂമി വായു വെള്ളം അതുപോലെ അഗ്നി ആകാശം അതിന്റെ സ്വീക്രസ് ശരിക്കും പറയാ ആകാശം വായു അഗ്നി അങ്ങനെയുള്ള സയൻസിന്റെ എവല്യൂഷൻ അങ്ങനെയാണ് വരുന്നത് ആകാശം പ്ലാസ്മ സ്റ്റേജ് അതിൽ ചലനം വരുമ്പോ വായു വന്നു ആ വായു തമ്മിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് സ്പാർക്ക് വരുമ്പോ അഗ്നി വന്നു അഗ്നിയിൽ നിന്ന് ലിക്വിഡ് ഫോർ ആയിട്ട് ഫോർ ലിക്വിഡ് പിന്നീട് സോളിഡ് ആയിട്ട് അങ്ങനെയാണ് പ്രകൃതി രസം പിന്നീട് സോളിഡ് ലിക്വിഡാവും ലിക്വിഡ് അഗ്നിയാവും അഗ്നി വായു ഇങ്ങനെയാണ് പ്രകൃതി തത്വം ഇപ്പൊ അഞ്ച് പ്രകൃതിയാണ് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത് നമുക്ക് മനസ്സിലായി ഇനി മൂന്ന് പ്രകൃതിയും കൂടി നിങ്ങളെ നിലനിർത്തുന്നതുണ്ട് ഏതൊക്കെയാണത് നിങ്ങളെ ഉണർത്തുന്ന പ്രകൃതി ഏതാണ് രാവിലെ നിങ്ങൾ ഉണർത്തുന്നത് ആരാണ് ആ ശക്തി മനസ്സിന്റെയാണ് ഉണർത്തുന്ന ശക്തി ഉണർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത് ബുദ്ധിയാണ് മനസ്സാകുന്ന ശക്തി ബുദ്ധിയാകുന്ന ശക്തി ഇനി മനസ്സിനും ബുദ്ധിക്കും പ്രവർത്തിക്കാനുള്ള ഒരു സംസ്കാരം നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾ ഒരു സംസ്കാരം സ്മരണകളുണ്ട് നിങ്ങൾ എണീക്കുന്നത് പോലെയായിരിക്കോ എണീറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ആയിരിക്കും നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവർ എണീറ്റ് ചെയ്യുന്നത് എന്താ വ്യത്യാസം നിങ്ങളുടെ ഉള്ളിലുള്ള സംസ്കാരവും അവരുടെ ഉള്ളിലുള്ള സംസ്കാരം വ്യത്യാസമാണ് അപ്പൊ മൂന്നാമത്തതൊന്ന് നമ്മളെ സ്വാധീനിക്കുന്നത് സംസ്കാരം അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത് പൊതുവെ അഹങ്കാരം അതിനെ വിളിക്കുക ചിത്രമെന്നും അഹങ്കാരം എന്നൊക്കെ അതിനെ അപ്പൊ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് പ്രകൃതി ശരീരത്തെയും പിന്നെ ഈ ശരീരത്തെ ഉണർത്തി പ്രവർത്തിപ്പിക്കുന്നത് മനസ്സ് ബുദ്ധി അഹങ്കാരം അല്ലെങ്കിൽ സംസ്കാരം ഇതാണ് ഒരു വ്യക്തിയുടെ പ്രകൃതി എന്ന് പറയുന്നത് ഈ പ്രകൃതിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഈ ശരീരത്തിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഇതിൽ മറ്റൊരു ശക്തി കൂടെ അതാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വര അതിനെയാണ് ഭഗവാൻ ജീവനെന്നും ആത്മാവെന്നും ബ്രഹ്മമെന്നും എന്നെല്ലാം വിളിക്കുന്നത് അതിനെയാണ് പുരാണങ്ങൾ ഭഗവാനെന്നും വാസുദേവനെന്നും നാരായണനെന്നും ഹരിയെന്നും വിളിക്കുന്നത് കൃഷ്ണനെന്നൊക്കെ വിളിക്കുന്ന അതിനെയാണ് സംശയമില്ല ഭാഗവതം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ നിങ്ങൾ സംശയമില്ല ക്ഷേത്രജ്ഞ ആത്മ പുരുഷ ഭാഗവതത്തെ പഞ്ചമസ്കന്ധത്തിൽ വരുന്ന ക്ഷേത്രജ്ഞ ആത്മ ക്ഷേത്രജ്ഞൻ ക്ഷേത്രം ശരീരം അതിലിരിക്കുന്ന ചൈതന്യത്തെ ക്ഷേത്രജ്ഞൻ ക്ഷേത്രജ്ഞ പുരുഷോ പുരാണോ സാക്ഷാൽ സ്വയം ജ്യോതി ചൈതന്യമാണ് സാക്ഷാൽ സ്വയം ജ്യോതി അജ പരേശ നാരായണോ ഭഗവാൻ വാസുദേവ സ്വമായ ആത്മന്യവദീയമാന നാരായണനെന്നും വാസുദേവനെന്നും വിളിക്കുന്നത് ഈ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ചൈതന്യത്തെ തന്നെയാണ് ഹരി സർവേഷൂതേഷോ ഈശ്വരോ എല്ലാ ഭൂതങ്ങളിലും ഈശ്വരരാണ് ഭാഗവതത്തിൽ പറയും ഹരി ഭഗവാൻ ശരീരിനാമാത്മാ ഹരി എന്ന് പറയുന്നത് ശരീരികളുടെ ആത്മാവാണ് ഇതിലൊന്നും കൺഫ്യൂഷൻ ഇല്ലേ ഭാഗവത്തിന് കൃഷ്ണൻ എന്ന് പറയുന്നത് ഗോപികമാര് പോലും പറയുന്നു നകലുഗോപികാനന്ദനോ ഭാൻ അഖിലദേഹിനാമന്തരാത്മ എല്ലാവരുടെയും അന്തരാത്മ യാതൊരു കൺഫ്യൂഷൻ ഇല്ല ഭാഗവതത്തില് അപ്പൊ നമ്മളിലിരിക്കുന്ന നമ്മളെ നിലനിർത്തുന്ന ആ ചൈതന്യത്തെ തന്നെയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നതെങ്കിൽ ഭഗവാന്റെ എട്ട് പത്നിമാർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം ആരായിരിക്കണം ഈ എട്ട് പ്രകൃതികളെയാണ് പറയുന്നത് അല്ലാതെ നിങ്ങൾ മറ്റർത്ഥത്തിലെടുക്കരുത് ഇനി നിങ്ങൾ കുറേ കൂടി കഥാരൂപത്തിൽ നോക്കിക്കഴിഞ്ഞാലോ ഭഗവാൻ ആദ്യം കല്യാണം കഴിക്കുന്ന രുക്മിണിയാണ് രുക്മിണി നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകമാണ് അതാണ് ലക്ഷ്മി എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതം ഐശ്വര്യവത്താക്കുന്നത് അയാളുടെ ഭൗതിക സമ്പത്തല്ല അയാളുടെ ആന്തരിക സമ്പത്താണ് സംസ്കാരമാണ് അല്ലെ കൾച്ചറാണ് അയാൾ പാവപ്പെട്ടവനാവാം ദരിദ്രനാവാം പക്ഷേ അയാളുടെ കൾച്ചർ ഉന്നതമായാലോ അവരെയാണ് ഭഗവാൻ ആദരിക്കുന്നത് ഭഗവാൻ പണം നോക്കിയിട്ടല്ലോ ആദരിക്കുന്നത് സുധാമാവിനെ കാൽക്കൽ വീട് നമസ്കരിച്ച് പാദം കഴുകി തീർത്ഥം കുടിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളൊരു സംസ്കാരത്തെ കണ്ടിട്ടാണ് അതാണ് ലക്ഷ്മി എന്ന് പറയുന്നത് ഇപ്പൊ രുക്ണി ദേവി നമ്മുടെ സംസ്കാരമാണ് സത്യഭാമ നമ്മുടെ ബുദ്ധിയാണ് അതുപോലെ തന്നെ രാംഭവതി നമ്മുടെ മനസ്സാണ് ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പത്നിമാരും ഓരോ പ്രകൃതി സൂര്യപുത്രി അഗ്നിയുടെ പുത്രി അഗ്നിയുടെ പ്രതീകമാണ് കാലിന്തി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തരെയും ഓരോ സത്യത്തിന്റെ പ്രതീകമായി കാണാൻ സാധിക്കും അപ്പൊ ഇവരൊക്കെ ഇപ്പം എവിടെയുണ്ട് ഭഗവാനും ഭഗവാൻ എട്ട് പത്നിമാരും എവിടെയുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് തത്വം ഇനി നിങ്ങൾ അന്വേഷിച്ച് വേറെ എവിടെ പോണോ നമ്മളിൽ തന്നെയാണെന്നത് അപ്പോ ശ്രദ്ധിക്കേണ്ടത് ഇവരെല്ലാം ഭഗവാന്റെ പത്നിമാരാണ് ഇവരെല്ലാം ആശ്രയിച്ചു നിൽക്കുന്നത് ആരെയാണ് ഭഗവാനെയാണ് ഇവിടെയാണ് നമുക്ക് നമുക്ക് മറവി പറ്റുന്നത് കാരണം നമ്മൾ ഇന്ന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പ്രകൃതിക്കാണ് ആ പ്രകൃതിയെ നിലനിർത്തുന്ന പ്രകൃതിയുടെ ഭർത്താവായ കൃഷ്ണനല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ പ്രകൃതി പ്രകൃതിയോടാകർഷിക്കുന്നു മനസ്സിലായില്ലേ ഇന്ന് പ്രകൃതി പ്രകൃതിയോട് ഇനി നമ്മൾ പ്രകൃതിയെ പഠിപ്പിക്കണം പ്രകൃതിക്ക് മറ്റൊരു പ്രകൃതിയെ ആകർഷിക്കാൻ സാധിക്കുന്നത് ഈ പ്രകൃതിയിൽ ആരുള്ളതുകൊണ്ടാണ് കൃഷ്ണനുള്ളതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ശരിക്കും ആകർഷിക്കേണ്ടത് ആരെയാണ് ശരിക്കും നമ്മൾ വിവാഹം കഴിക്കേണ്ടത് ആരെയാണ് ശരിക്കും നമ്മൾ നേടിയെടുക്കേണ്ടത് ആരെയാണ് കൃഷ്ണനെയാണെന്ന് പറയാം മനസ്സിലാവുന്നില്ല അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ കൃഷ്ണനാകുന്ന ഭർത്താവിലാണ് എട്ട് പത്നിമാരിയ്ക്കുന്നത് കൃഷ്ണനെ വിട്ടുകൊണ്ട് നിങ്ങൾ പ്രകൃതിയെ പിടിച്ചാൽ നിങ്ങൾക്ക് ദുഃഖവും വിഷമങ്ങളേ ഉള്ളൂ ജീവിതത്തിൽ എന്നാൽ കൃഷ്ണനെ നിങ്ങൾ കൈവരിച്ചുകൊണ്ടാണ് പ്രകൃതിയെ പിടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏത് ദുഃഖത്തെയും നേരിടാനുള്ള ശക്തി ആ കൃഷ്ണനിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഇന്ന് ഒന്നും നിങ്ങൾ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോക്ക് ഉത്തരവുണ്ട് കാരണം നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് നോക്കുക പഴയ തറവാടാണെങ്കിൽ കാർണവർ പിന്നെ മക്കൾ പേരമക്കളെല്ലാം ഒരുപക്ഷെ കാർണവരൊന്നും ചെയ്യുന്നുണ്ടാവില്ല ഒരു നമ്മളെ സംബന്ധിച്ച് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല ഇളവ് രാവിലെ എണീക്കും പല്ലിതേക്കും അവിടെ മുമ്പറത്ത് വരാതയിൽ വന്നിരിക്കും ചാരക്കസേലങ്ങനെ ചാരിയിരിക്കും വലിയ ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതെങ്ങനെ മനസ്സിലാക്കാം അങ്ങോ ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തു പോട്ടെ കാരണം ഒരു രണ്ടു ദിവസം തീർത്ഥാടനത്തിന് പോയി ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും ആരും എണ്ണീക്കില്ല രാവിലെ കാരണം അങ്ങോട്ടില്ലല്ലോ പേടിക്കാൻ ആരുമില്ല ആകെ ബഹളോ മാതോ മീതും വേണ്ടതൊക്കെ ഉണ്ടാവും അവിടെ എന്നാൽ കാരണവർ വന്നു കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാവും സൈലന്റ് ഓ എന്തൊരു പക്വത ഇല്ലേ ഇതുപോലെ ഭഗവാനാകുന്ന ശക്തി ഒരു കാരണവരെപ്പോ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇന്ന് ബാക്കിയെല്ലാവരും ഒബീഡിയന്റായിട്ട് പണിയെടുക്കുന്നത് അങ്ങോരില്ലെങ്കിൽ ശ്വാസമകത്തേക്ക് പോവില്ല ദഹിക്കില്ല രക്തം ചലിക്കില്ല ഓരോ സിസ്റ്റങ്ങളും പ്രവർത്തിക്കില്ല അതുവരെ നമുക്ക് മനസ്സിലാവില്ല ഇനി സംഗതി ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളത് പലരും വിചാരിക്കുന്നത് എന്റെ സമ്പത്തോണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാണ് ശ്വാസകത്തോടെ നമ്മുടെ നമ്മളെ നോക്കിയിട്ടാണോ ചിന്തിക്കും നിങ്ങൾ ആ ഭഗവാന്റെ ഒരു മഹിമ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ശ്രദ്ധ ആരിലേക്ക് കൊണ്ടുവരണം ഭഗവാനിലെ കൂടെ എപ്പോഴും ഭഗവാനുണ്ട് ഞാൻ അനാഥനല്ല ആരുമില്ലാത്തവനല്ല എന്റെ ഉള്ളില് ശക്തിയുണ്ട് ഈ ബോധത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ നമ്മളെ അങ്ങനെയൊന്നും ഒരു അനുഭവത്തിനും തളർത്താൻ സാധ്യത ഇനി പതിനാറ് എന്ന് പറയുന്നത് എട്ടിന്റെ ഇരട്ടിയാണ് ഡബിളാണ് പ്രകൃതിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് വൈവിധ്യം കാണാം പഞ്ചഭൂതങ്ങളാലാണ് എല്ലാം നിൽക്കുന്നതെങ്കിലും നിറം കൊണ്ടും സൈസുകൊണ്ടും സ്വഭാവം കൊണ്ടും എല്ലാം വ്യത്യാസമാണ് പ്രകൃതി എല്ലാവരുടെ ശരീരം ഒരുപോലെയാണോ അങ്ങനെ ഒരു പ്രകൃതിയിലൊരു ലീല ഭഗവാൻ ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും തടിച്ച അമ്മമാരുടെ മക്കൾ തടിച്ചവര് മെലിഞ്ഞ അമ്മമാരുടെ മക്കൾ മെലിഞ്ഞവര് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പ്രകൃതിയിൽ അങ്ങനെ വരില്ല ഒരിക്കലും പറയാൻ പറ്റോ അമ്മ ചിലപ്പോൾ എങ്ങനെയായിരിക്കാം മകള് അങ്ങനെയായിരിക്കാം കൃഷ്ണൻ ഒന്നേയുള്ളൂ നിങ്ങളൊന്ന് വിശാലതയിൽ നോക്കിക്കഴിഞ്ഞാൽ രസമാണ് അനവധി ചെടികൾ വൃക്ഷങ്ങൾ അനവധി ജീവജാലങ്ങൾ ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ച് നോക്കൂ കൊതുകും നമ്മുടെ വീട് തന്നെ എടുത്തു നോക്കൂ മൂട്ട പാൻ ഫാൻ അതുപോലെ ഉറുമ്പ് എല്ലാ വർഗങ്ങളും കൂറ കീറ ഒക്കെ ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന ചൈതന്യം അജീവശക്തി എല്ലാവരിലും പ്രകൃതിയോ വൈവിധ്യങ്ങളാണ് അപ്പൊ ഭഗവാൻ പതിനാറായിരത്തിന്റെ ഭാര്യയുണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അർത്ഥം ഈ പ്രകൃതി മുഴുവൻ ഭഗവാന്റെ പത്നിയാണ് എന്ന് പറയുന്നത് പ്രകൃതി അനവധിയില്ല ഭാര്യമാരനവധി പക്ഷെ ഭർത്താവ് ഒരു കൃഷ്ണൻ മാത്രമേ ഉള്ളൂ ഒരു ചൈതന്യം മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ നമ്മുടെ സ്വന്തം ശരീരം എടുത്ത് പഠിക്കൂ കണ്ണുപോലെയാണോ കാത് കാതു പോലെയാണോ മൂക്ക് മൂക്ക് പോലെയാണോ പല്ല് പല്ല് പോലെയാണോ നമ്മുടെ കൈകളും കാലുകളും ആണോ ഒക്കെ വ്യത്യാസം എത്ര ജീവനുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ജീവൻ ഒരു ജീവനിലാണ് വൈവിധ്യങ്ങളായ പ്രകൃതി വെച്ചിരിക്കുന്നത് ഇതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ക്രമേണ നമ്മൾ എത്തിച്ചേരേണ്ട ഒരു തലമുണ്ട് ഭക്തിയിൽ എത്തേണ്ടതുണ്ട് അത് എവിടെ എത്തേണ്ടത് ആത്മനി ഭഗവത്ഭാവം പശ്യത ആദ്യം എവിടെ ഭഗവാനെ കാണണം തന്റെ കൂടെ തന്നെ ഭഗവാനുണ്ടെന്ന് ഉറപ്പിക്കാം പിന്നീട് നമ്മൾ കാണേണ്ടത് സർവഭൂതാരി ഭഗവത്ഭാവം വിശ്യത അവസാനം കാണേണ്ടത് എല്ലാവരിലും ഭഗവാനുണ്ട് എന്ന ബോധത്തോടെ ആരോടും നമ്മൾ ആരെയും വിഷമിപ്പിക്കാനോ ആരെയും കൂടെ തലയിൽ വയ്ക്കാനോ നമ്മൾ അനുവദിക്കാതെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഇങ്ങനെയൊക്കെ സാധിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ജീവിതം വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ ഈ ശ്ലോകത്തിനൊരർത്ഥം എന്താണെന്ന് ഈ കഥയുടെ ഒരർത്ഥം നിങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നത് ഭഗവാനെയാണ് നിങ്ങൾ അറിയുന്നില്ല പക്ഷെ നിങ്ങൾ ഭഗവാനെയല്ല കാണുന്നത് നിങ്ങളാ വ്യക്തിയാണ് കാണുന്നത് അതെങ്ങനെ മനസ്സിലായി ആ വ്യക്തിയിൽ ജീവചൈതന്യം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ വ്യക്തിയെ ആശ്രയിക്കില്ല ഉണ്ടോ ഭാര്യ ഭർത്താവിനെ ആശ്രയിക്കാൻ കാരണം എത്ര കാലം ആശ്രയിക്കും ഭർത്താവിൽ ആ ചൈതന്യം ഉള്ളോട്ഞ്ഞാൽ എപ്പോ ചൈതന്യം പോയോ പിന്നെ ഭാര്യ ഭർത്താവിനെ ആശ്രയിക്കില്ല ഉണ്ടോ പിന്നെ ശരീരത്തെ കത്തിച്ച് വസമാക്കുക ചെയ്യുന്നത് അപ്പൊ ശരിക്കും നിങ്ങളാരെയും ആശ്രയിക്കുന്നത് ചൈതന്യത്തെയാണ് ആ ചൈതന്യമാണ് ഭഗവാൻ എങ്കിൽ നിങ്ങൾ ആരെ ആശ്രയിക്കുന്നത് പക്ഷെ നമ്മൾ അറിയുന്നില്ല അത് മാത്രം ചിന്തിച്ചു നോക്കും നിങ്ങൾ കാരണം ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ഉറപ്പിച്ചില്ല അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത് ഇത് നമ്മൾ ഒരിക്കൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനിരിക്കുന്ന മക്കളിരിക്കുന്ന അതേ ചൈതന്യം ഇന്നെന്റെ മക്കൾക്കെന്നെ സ്നേഹിക്കാൻ സാധിക്കുന്നത് ഇന്നെന്റെ മക്കൾക്ക് കാര്യങ്ങൾ നോക്കാൻ സാധിക്കുന്നത് അവരിലും ഒരു ഈശ്വര ചൈതന്യം അതേ ഈശ്വര ചൈതന്യം മുന്നിലുണ്ടെങ്കിൽ ഞാൻ എന്തിനെ ആശ്രയിക്കണം എന്നെല്ലാം പറഞ്ഞ് മനസ്സിനെ നമ്മൾ ആരിലേക്ക് കൊണ്ടുവരണം അതുകൊണ്ട് ആത്മീയതയിൽ രണ്ട് ഗ്രോത്ത് ഉണ്ട് സ്റ്റേജുകളുണ്ട് നമ്മൾ ഉയരേണ്ട തലങ്ങളുണ്ട് ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് ഉപനിഷത്ത് പറയുന്നത് ഏതാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ രണ്ട് പടികൾ നമ്മൾ ഉയരണം എന്ന് നമ്മൾ എത്തേണ്ടടുത്ത് എത്തി എന്നാണ് അതെത്താനാണ് ഈ കളികളൊക്കെ നമ്മൾ കളിക്കുന്നത് അമ്പലത്തിൽ പോകുന്നതും നാമം ജപിക്കുന്നതും പൂക്കളിടുന്നതും നാരായണീയം വായിക്കുന്നതും ഒക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് പടികളെ നമ്മൾ കൈവരിക്കണം ചുരുക്കി പറഞ്ഞാൽ ഏതായിരിക്കണത് ഒന്ന് ഗ്രൌണ്ട് ഫ്ലോറും പിന്നെ ഫസ്റ്റ് ഫ്ലോറാവും ഒന്നാമത്തത് തന്റെ ആത്മാവ് തന്നെയാണ് തന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഈശ്വരൻ എന്ന ദൃഢമായ ബോധം ഇത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി എന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഇത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിച്ചാൽ ഒരുപടി നിങ്ങൾ രക്ഷപ്പെട്ടു കാരണം നിങ്ങളുടെ ഉള്ളിൽ ശക്തി വർദ്ധിക്കാൻ തുടങ്ങി ഏത് കാര്യത്തെയും അഭിമുഖീകരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് വന്നു കാരണം നിങ്ങളുടെ കൂടെ എപ്പോഴും ഭഗവാനുണ്ടെന്നുള്ള ബോധം അടച്ചു അത് ബുദ്ധിയിലുറയ്ക്കണം അതുകൊണ്ടാണ് സാന്ദ്രാനന്ദ ബോധം ഇത്ര വ്യക്തമാണത് അബോധം അറയ്ക്കണം നിറഞ്ഞിരിക്കുന്ന പൂർണ്ണനായ ഒരു ചൈതന്യ സത്ത എന്റെ ഉള്ളിൽ ഉണ്ട് അത് തന്നെയാണ് ഗുരുവായൂരപ്പൻ അത് തന്നെയാണ് ഞാൻ കൃഷ്ണനെന്നും രാമനെന്നും അയ്യപ്പനെന്നും വിളിക്കുന്ന സത്യം അതിനി ക്രിസ്തീയ മതത്തിൽ ജീസസ് എന്ന് വിളിച്ചാലും ഇസ്ലാം മതത്തിൽ അവർ മുഹമ്മദ് എന്ന് വിളിച്ചാലും അള്ളാന്ന് വിളിച്ചാലും ഈ പറയുന്ന സത്യത്തെയാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഉറച്ചു കഴിഞ്ഞാൽ ഒരു പടി നമ്മൾ രക്ഷപ്പെട്ടു ഈ അറിവാണ് നമുക്ക് ബലം തരുന്നത് ശക്തി തരുന്നത് നിങ്ങളുടെ ശക്തി മനസ്സിലാണ് ഇരിക്കുന്നതെങ്കിലും ആ ശക്തി നിങ്ങൾക്ക് കിട്ടുന്നത് ബുദ്ധിയിലൂടെയല്ല നിങ്ങളുടെ ബുദ്ധി തെറ്റിയോ നിങ്ങളുടെ ശക്തി പോയി ഉദാഹരണത്തിന് എളുപ്പം മനസ്സിലാക്കാവുന്ന ഉദാഹരണം നിങ്ങൾ ഡോക്ടറെടുത്ത് പോകുന്നു ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ് നിങ്ങളെ കാര്യമായിട്ട് തറോ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ബ്ലഡും യൂറിനും ഒക്കെ ചെക്ക് ചെയ്തു എന്നിട്ട് ഡോക്ടർ നിങ്ങളോട് ചോദിക്കുകയാണ് ഒറ്റയ്ക്കാണ് വന്നതല്ലേ എന്ന് കൂടെ ആരെങ്കിലും ഉണ്ടോ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അപ്പോഴേക്കും അത്രയധികം ചോദിച്ചിട്ടുണ്ടാവണോ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അപ്പോഴേക്കും നിങ്ങളുടെ ബുദ്ധി എന്താ ചിന്തിക്കുക എനിക്ക് കാര്യമായി എന്തോ ഒരു അസുഖമുണ്ട് അത് ചിന്തിക്കുമ്പോഴേക്കും ബുദ്ധി പറയുമ്പോഴേക്കും മനസ്സ് തളർന്നു നേരെ മറിച്ച് നിങ്ങളെ ബുദ്ധിയിൽ തീരുമാനിക്കുകയാണ് ഉറപ്പിക്കുകയാണ് ഡോക്ടർക്ക് എന്തറിയാം എന്റെ ശരീരത്തിനല്ലേ രോഗം വരുള്ളൂ ഞാൻ ബോധം എനിക്ക് ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടെന്നുള്ള ബോധം ഉറച്ചവനാണ് ഇതൊന്നു തന്നെ ധൈര്യമായിട്ട് പറഞ്ഞോളൂ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിക്ക് അങ്ങനെ ദൃഢതണ്ടെങ്കിൽ മനസ്സ് തളരുമോ അപ്പം മനസ്സിനെ തളർത്തുന്നത് ബുദ്ധിയാണ് ബുദ്ധി ഷാർപ്പാകും തോറും മനസ്സ് തളരുന്നത് കുറയും നിങ്ങൾ ഈ നെർവസ് ആവുന്നതൊക്കെ ബുദ്ധി സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് കുട്ടി പരീക്ഷയ്ക്ക് പോയാൽ നെർവസ് ആവാൻ കാരണം ഇതെനിക്ക് അറിയോ അറിയില്ല എന്നുള്ള സംശയം ഉറച്ചു നേരെ ഒരു സംശയം ഇല്ലാത്ത എന്തു വന്നാലും എഴുതുന്നുള്ളത് കൺഫ്യൂഷൻ ഇല്ലാത്ത കൂട്ടരുണ്ട് പഠിക്കണമെന്നൊന്നുമില്ല അതിന് അവര് വളരെ ക്ലിയറാണ് എന്തു ചോദിച്ചാലും അലക്സാണ്ടർ ഇൻ വിച്ച് വാർ അലക്സാണ്ടർ ഡൈ എന്ന് ചോദിച്ചാൽ അവര് ആൻസർ ഉണ്ട് എനിക്ക് ലാസ്റ്റ് വാർന്ന് അത്ര ക്ലാരിറ്റിന് അവന് He's not confused. ഹിസ് നോട്ട് കൺഫ്യൂസ് അവർ ഈറും കാര്യമൊന്നും പ്രശ്നമില്ല പക്ഷെ അവരൊരു കാര്യം ഉറപ്പാണ് അയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വാറിലിനീ മരിച്ചിട്ടുണ്ടാവുള്ളൂ ഈ ക്ലാരിറ്റി ഉള്ള ഒരാൾക്ക് പിന്നെ ഇവിടെ തളരേണ്ട പ്രശ്നമുള്ളത് ഉണ്ടോ പണ്ട് രണ്ട് സുഹൃത്തുക്കൾ ഇന്റർവ്യൂവിന് പോയി ഇന്റർവ്യൂവിന് പോയ സമയത്ത് ഒരുത്തൻ നല്ല ഇന്റലിജന്റാണ് മറ്റവന് പിന്നെ എന്തും പറയാനുള്ള ഇന്റലിജൻസ് ഉണ്ട് അവരത്ര ക്ലാരിറ്റി ആണ് മറ്റവനേക്കാൾ ഇവനാണ് ക്ലാരിറ്റി ഉള്ളത് അപ്പോൾ ആദ്യം ഒരുത്തം പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ ഇന്റർവ്യൂല് രണ്ടുമൂന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴേക്കും അവര് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യക്ക് എന്താണ് ഇൻഡിപെൻഡൻസ് കിട്ടിയത് സംശയൽ യാദവൻ പറഞ്ഞു നയൻറ്റീൻ ഫോർട്ടി സിക്സ് അതിന്റെ എഫേർട്സ് തുടങ്ങി എനിവേ ഫോർട്ടി സെവനിൽ നമുക്ക് കിട്ടിയത് ഓ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കൺഫ്യൂഷൻ ഇല്ല മൻമോഹൻ ഒരു കാര്യം കൂടി പറഞ്ഞു എവരി ഫൈവ് ഇയർ ഇറ്റ് ഇൽ ചേഞ്ച് തുടങ്ങും പോപ്പുലേഷൻ എത്രയാണെന്ന് വെച്ചത് എക്സാക്ട് നമ്പർ അറിയുന്നേ അറിഞ്ഞാ പറഞ്ഞുതരാന്ന് അപ്പൊ ഇവൻ അറിയുന്ന നമ്പർ അതെന്താ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ ഇന്റർവ്യൂവിൽ കിട്ടിക്കോട്ടെച്ചിട്ട് അവൻ പോന്നത് സുഹൃത്തിന് കയറി സുഹൃത്തിന് ഇത്തിരി ബുദ്ധി അതുകൊണ്ട് അവന് കിട്ടട്ടെ അവൻ കയറി അവനോട് പറഞ്ഞ ഈ ഉത്തരങ്ങളൊക്കെ പറഞ്ഞാ മീന്നത് അപ്പൊ അവൻ ധൈര്യമായിട്ട് കയറി അപ്പൊ അവനോട് വെച്ചു വെൽ ഡി യു ബോൺ പറഞ്ഞു ക്ലാരിറ്റിയാണ് കൺഫ്യൂഷൻ ഇല്ല വേണ്ട ഉത്തരം കൊടുത്താൽ മതിയല്ലോ ചോദിച്ചു ഹൂസ് യുവർ ഫാദർന്ന് പറയണല്ലോ ഇതും കൂടി പറഞ്ഞു എവറി ഫൈവ് വെയർ ഇറ്റ് വിൽ ചേഞ്ച് നമ്മൾ ചോദിച്ചിരിക്കണത് ചോദിച്ചു നിനക്കുന്നത് ഭ്രാന്തണ്ടോ എന്ന് പറഞ്ഞ എക്സാക്ട്ലി എനിക്ക് അറിയില്ല എന്ന് മനസ്സിൽ കൺഫ്യൂഷനില്ലാത്ത ബുദ്ധി ഇല്ലാത്ത ഒരു പ്രശ്നമില്ലേ അവൻ എന്തും രാഷ്ട്രീയക്കാരെ പോലെയാണ് എന്ത് എവിടെ വേണമെങ്കിലും അവർക്ക് പറയാൻ പറ്റും അതുപോലെയാണ് അപ്പൊ നമ്മുടെ ബുദ്ധി വികസിക്കും ബുദ്ധിക്ക് ശക്തി കൂടും അറിവ് കൂടും മനസ്സിന് ശക്തി കൂടും ഈ ബുദ്ധി ഉറക്കാൻ നമ്മൾ ഇത് പരിശീലിക്കണം നമുക്ക് വളരെ ശ്രദ്ധിക്കൂ നമ്മൾ നാമം ജപിക്കുന്നതും അമ്പലത്തിൽ പോകുന്നതും പുരാണങ്ങൾ വായിക്കുന്നതും തീർത്ഥാടനം ചെയ്യുന്നതൊക്കെ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ബുദ്ധി ഉറപ്പിക്കാൻ എന്താ ബുദ്ധി ഉറക്കുന്നത് എന്റെ ആത്മാവ് തന്നെയാണ് ഭഗവാൻ ഇത് ഉറച്ചു കിട്ടിയാൽ ഇനി രണ്ടാമത്തെ ഒരു പടിയിലേക്ക് കയറണം അതെന്താണ് എന്റെ മാത്രം ആത്മാവല്ല ഭഗവാൻ എല്ലാവരുടെയും ആത്മാവ് ഭഗവാനാണ് അപ്പൊ നിങ്ങൾ ഭഗവാനെ സർവഭൂതങ്ങളിലും കാണാൻ തുടങ്ങി പിന്നെ നിങ്ങൾക്ക് വിഗ്രഹം വേണ്ട അപ്പൊ വിഗ്രഹമൊക്കെ എത്ര കാലം വേണം നാമം എത്ര കാലം ചൊല്ലണം എത്ര കാലം യാവൻ നജായേത പരാവരേ സ്മിൻ വിശ്വേശ്ശരി ദുഷ്ടരി ഭക്തിയോഗ താവൽ ക്രിയായോഗം അത്ര കാലം പൂജ ചെയ്യണം എല്ലാകാലം പൂജ ചെയ്യേണ്ട എത്ര കാലം കൊണ്ട് എന്റെ ആത്മാവ് ഭഗവാനെന്ന് ഉറക്കുന്നുവോ ഉണച്ചു കിട്ടിയാൽ പിന്നെ ഇതിനൊന്നും ആവശ്യമില്ല ഇതിനു വേണ്ടിയിട്ടാണ് നാമം അമ്പലത്തിൽ പോകുന്നൊക്കെ ഇത് നമ്മൾ എവിടെ പോയിട്ടും കാര്യവുമില്ല എത്ര മനോഹരമായിട്ടാണ് ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ രണ്ട് പടികൾ നമ്മൾ കയറണം ഏതൊക്കെയാണത് മറന്നു പോകരുത് ഒന്ന് ആത്മാവ് തന്നെയാണ് ഭഗവാൻ എന്നുള്ള ദൃഢത അതാണ് നമ്മൾ തളർത്താത്ത ജീവിതം ആ ദൃഢത നേടിക്കഴിഞ്ഞാൽ അടുത്ത പടിയിലേക്ക് കാലൂങ്ങിക്കൊള്ളണം അതാണ് എന്നിൽ മാത്രമല്ല സർവകര അന്ന് നമുക്ക് മനസ്സിലാവും ഈശാവാസ്യ വിധം സർവം ഉപനിഷ്തമർ അന്ന് നമുക്ക് മനസ്സിലാവും ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്ചതേ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണു മയം അന്ന് നമുക്ക് പുരുഷസൂക്തം പറയുന്നത് മനസ്സിലാവും സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാർസ ഭൂമി വിശ്വദോ വൃത്വ അത്യതിഷ്ഠാങ്കുലം പുരുഷയേ വേദം സർവം എല്ലാറ്റിലും ആര് തന്നെ പുരുഷം അന്ന് നമുക്ക് മനസ്സിലാവും എത്തിഞ്ചൽ ദൃശ്യതേ ശ്രൂയതേ വിവ അന്തർബിത്സർവം വ്യാപ്യനാരായണസ്ഥിത എല്ലാറ്റിലും ആര് തന്നെയാണ് നാരായണ അതുവരെ നമ്മൾ ഈ യാത്ര നടന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്രകാരം ഈ കഥയും പറഞ്ഞത് ഇനി അടുത്തതാണ് എൺപത്തിരണ്ടാമത്തെ ദശകത്തിലാണ് ഭഗവാന്റെ പുത്രൻ വിവാഹം കഴിക്കുന്നതും ആയിട്ടുള്ള കഥകളൊക്കെ പ്രദ്യുന്ദോരക് സകലതവകലാ ശമ്പരേനാഹൃതസ്ഥം നിജപുരമ गनियादनियाोदानिदो गुणनिवल्योचनापुत्त्त्त्त्त्त्त्त्त्पौत्री त्राद्वाहे सतस्त मुसलिनाबी दूस वैराल ശമ്പരേണാഹൃത ഭഗവാൻ ശ്രീകൃഷ്ണന് രുക്മിണീദേവിൽ ആദ്യമായി പുത്രൻ ജനിച്ചത് പ്രദ്യുനൻ എന്നായിരുന്നു പേര് പ്രദ്യുനെന്ന് പറയുന്ന പുത്രൻ അയാൾക്ക് കുട്ടിക്കാലത്തെ ശത്രുവായി ആരായിരുന്നു പുത്രേ ശമ്പരാസുരൻ അതെങ്ങനെ ശമ്പരാസുരൻ ഈ ശംബരാസുരൻ കുറെക്കാലം കഠിനമായി തപസ് ചെയ്തിട്ട് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി അയാൾ ബ്രഹ്മാവിൽ നിന്ന് വെച്ചാൽ എന്റെ കാമദേവൻ ഒഴികെ ആരും കൊല്ലരുതെന്ന് കാമദേവൻ കൊല്ലരുത് അതെന്താ അങ്ങനെ വരം ചോദിക്കാൻ കാരണം പരമശിവന്റെ തപസ് ഇളക്കാൻ കാമഭാണമേതു കാമദേവൻ സതീദേവി മരിച്ചതിന് പ്രകൃതിയിൽ അസുര സംസ്കാരം ഈ അസുരന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ദേവന്മാർക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു ദേവൻ വേണം അപ്പൊ സുബ്രഹ്മണ്യസ്വാമിക്ക് അവതാരം വരണം അതിന് പരമശിവൻ പാർവതീദേവി കല്യാണം കഴിക്കണം അപ്പൊ പാർവതീ ദേവിയിലേക്ക് പരമശിവന്റെ മനസ് വരണമെങ്കിൽ ആ മനസ്സിൽ കാമചിന്ത വരണമെങ്കിൽ കാമദേവൻ പുഷ്പപാണം നീണം പുഷ്പപാണമെയ്തതും പരമശിവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്നെ പുഷ്പപാണമെയ്ത് കാമദേവനെ കണ്ടു എന്റെ കത്തിച്ച് ഭസ്മമാക്കി കാമദേവന്റെ പത്നി രതീദേവി തപസ് ചെയ്ത് പരമശിവനെ പ്രീതനാക്കി കാൽക്കൽ വീട് നമസ്കരിച്ചിട്ട് പറഞ്ഞു ഭർത്താവിനെ തിരിച്ചു തരണു പറഞ്ഞു ദേവിയുടെ ഭർത്താവ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പുത്രനായി അവതരിക്കും അവനാണ് പ്രദ്യുന്ദനം അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഈ ശമ്പരാസനം വരം വാങ്ങിച്ചത് കാമദേവൻ ഒഴുകി ആരും എന്നെ കൊല്ലരുത് ഇപ്പോ നാരദമാഷിയിൽ നിന്ന് ശമ്പരാസന പറഞ്ഞു അതേ കാമദേവനാണ് ആരായി വന്നിരിക്കുന്നത് അപ്പൊ പിന്നെ അയാളെ പിടിക്കാൻ വിടാൻ പറ്റുമോ രാത്രി പോയി കൊട്ടാരത്തിൽ കയറി രുക്ിണീദേവി കിടക്കാൻ വേണ്ടി കിടക്കൊക്കെ പിടിച്ചു കുട്ടിയെ അടുത്ത് കിടത്തി ദേവി ബാത്റൂമിലേക്ക് പോയതായിരിക്കാം ശമ്പരാസനം അടുത്ത് കുട്ടിയെ അപകടിച്ചു പോന്നു രുക്ണി ദേവി അകത്ത് വന്നോക്കുമ്പോൾ കുട്ടിയെ കാണാനില്ല തീർച്ചയായിട്ടും അമ്മമാരോടൊക്കെ ചോദിച്ചു നിങ്ങളുടെ അടുത്തോ തോഴിമാരോടൊക്കെ ചോദിച്ചു അവരൊക്കെ പറഞ്ഞെടുത്തില്ലേ ദേവിയെ അവിടെ ഇരുന്നില്ലേ കടന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ഒടിച്ചു അങ്ങ് എങ്ങാനെടുക്കേണ്ടോ എന്ന് ഭഗവാൻ എനിക്ക് ആ സ്വഭാവം ഇല്ല നല്ല എടുക്കേണ്ട പ്രശ്നമുള്ളൂ എന്തിനു പറയുന്നു പാവം ദേവി സങ്കടത്തിലും കരച്ചിലും വെളിച്ചിലൊക്കെ ഭഗവാൻ വളരെ വ്യക്തമായി പറഞ്ഞു ദേവി വരാനുള്ളതാണെങ്കിൽ വരും വരാനില്ല അതാണ് വരില്ല എന്ന് കാരണം ഭഗവാൻ ഇനിയുണ്ടേ പതിനായിരം കുറെ മക്കൾ വരുന്ന നല്ല ഉറപ്പുണ്ട് ഒന്നൊന്നും പോയിട്ട് ഭഗവാൻ യാതൊരു ടെൻഷനും ഉണ്ടായില്ലേ എന്നൊക്കെ ഭഗവാന്റെ ആ മനസ്സിന്റെ ഒരു ആ ഒരു ദൃഢത ശ്രീരാമസ്വാമിക്ക് അച്ഛൻ മരിച്ചതൊക്കെ കേൾക്കുമ്പോ ഒരു തളാസയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അത്രയില്ല ഇത്രയൊക്കെ പറഞ്ഞപ്പോ ഉടനെ ശമ്പരാസുരൻ കൊണ്ടുപോയല്ലോ രാത്രി രാത്രി എവിടെ ഇടുക കൊല്ലാൻ തോന്നില്ല അത്ര ഓമനത്തുള്ള മുഖം കടലിനേക്കിട്ടുവെന്നാണ് ആ കുട്ടിയുടെ ഗതി നോക്കണേ ഒരു വലിയൊരു മത്സ്യം വിഴുങ്ങി പിറ്റേ ദിവസം ഒരു മുഖവൻ മത്സ്യത്തെ പിടിച്ചു ആ മുക്കുവൻ ആ മത്സ്യത്തെ ശമ്പരാസുന് കാഴ്ചയും വെച്ചു പോരേ ഇപ്പൊ തന്നെ കൊല്ലുമെന്ന് വിചാരിച്ച കുട്ടിയെ കടലിലേക്ക് എറിഞ്ഞ് ആ കുട്ടിയെ മത്സ്യം വിഴുങ്ങി അതേ മത്സ്യത്തെ ഇത് ബോംബ് കൊണ്ടു കൊടുക്കണ പോലെയോ കൊണ്ടു കൊടുത്തത് പിടിച്ചു പറഞ്ഞിട്ട് ആണെങ്കിലോ ആ മത്സ്യത്തെ അടുക്കളക്കാരിക്ക് കൊടുത്തു അയത ലെസൺ നോൺവെജ് കഴിക്കുന്ന കൂട്ടത്തില അവള് വളരെ കെയർഫുൾ ആയിട്ട് അതിനെ മുറിച്ചു ഇതാ വരുന്നു അതിന്റെ ഉള്ളൊരു കുട്ടി അങ്ങനെ ആദ്യത്തെ സുസേറിയൻ ചെയ്തത് ശമ്പരാസന്റെ അടുക്കളക്കാരിയാണ് അവരുടെ പേര് നരിച്ച മായാവതി എന്നാണ് ഇന്നത്തെ യു പിയിലെ മായാവതിയല്ല അവർക്ക് വേറെ ഓപ്പറേഷനേ അറിയില്ല ഇനി മത്സ്യ ഓപ്പറേഷൻ എന്ന് അവർക്കറിയില്ല ഏതായാലും കുട്ടിയെടുത്ത് വളർത്തി ആദ്യം കണ്ണ എന്നൊക്കെ വിളിച്ചു കുട്ടികളെങ്ങനെയൊക്കെയാണല്ലോ ഓമ്മയുടെ പേരിൽ വിളിക്കുക കുറച്ചു കഴിഞ്ഞപ്പോൾ നാരദമാഷിയിൽ നമ്മൾ മനസ്സിലാക്കി ഇതെന്റെ ഭർത്താവായിരുന്നു പൂർവ്വജന്മത്തിൽ നിന്ന് വിവ്ളാരാണ് രതീദേവിയാണ് നേരത്തെ കാമദേവന്റെ പത്നിയാണ് മായാവതിയെ അടുക്കളയിൽ വന്നത് അവൾക്ക് മനസ്സിലായി ഇത് കാമദേവനാണ് അപ്പൊ ഈ ഉണ്ണി എന്നൊക്കെയുള്ള വിളി മാറ്റി ഇന്നത്തെ ലേറ്റസ്റ്റ് പേരുണ്ടല്ലോ ഏട്ടാ എന്നൊക്കെ ഉള്ളത് ഒക്കെ വിളിക്കാൻ പോയി അപ്പൊ ഇവള് ചോദിച്ചു ഞാൻ ഇയാൾ ചോദിച്ചു ഞാൻ നിന്റെ ആരുമല്ലോ മാതൃഭാവം അതിക്രമ്യ നീ നേരത്തെ മാതൃഭാവത്തിൽ വിളിച്ചു ഇപ്പൊ നീ ഭാര്യാഭാവത്തിൽ വിളിക്കണോ അപ്പൊ രതീദേവി പറഞ്ഞു നിങ്ങൾ എന്റെ ഭർത്താവായിരുന്നു ഞാൻ നിങ്ങളുടെ ഭാര്യയായിരുന്നു ഇപ്പൊ നിങ്ങൾ കൃഷ്ണന്റെ പുത്രനായി പ്രദ്യുഗ്നൻ എന്ന പേരിൽ ജനിച്ചിരിക്കുകയാണ് ഈ ശമ്പരാസനം നമ്മുടെ ശത്രുവാണ് ഇവരെ നമ്മൾ കൊല്ലണം എന്നിട്ട് മായാവതി മഹാമായ വിദ്യ പഠിപ്പിച്ചു കൊടുത്തു ശമ്പരാസനെ കൊല്ലാൻ അന്ന് പ്രത്യുനൻ മനസ്സിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട് എന്താണ് ഇനി മുതൽക്കെങ്കിലും ആളുകൾക്ക് പൂർവജന്മത്തിലെ ബന്ധം ഓർമ്മ വരാതിരിക്കട്ടെ എന്ന് അത് ഓർമ്മ വന്നാൽ നമുക്ക് റോട്ടിലൂടെ നടക്കാൻ പറ്റില്ല നിങ്ങൾക്കൊരു ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല നിങ്ങൾ പുറകുന്ന ഒരാൾ തട്ടിട്ട് ചോദിക്കാൻ എന്നെ മനസ്സിലായി തോന്നു ഞാൻ കഴിഞ്ഞ ജന്മ നിങ്ങളുടെ ഭാര്യയാണ് ഭർത്താവാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഓടിയ പെട്ടുപോയോ നീ അതൊക്കെ പോട്ടെ കഴിഞ്ഞ ജന്മം നിങ്ങൾ ആർക്കും കാശ് കൊടുക്കാണ്ടെങ്കിൽ അതീ ജന്മം അവർക്ക് ഓർമ്മ കൂടിയാണെങ്കിൽ ആർക്കറിയാം ആർക്കൊക്കെ അറിയുന്ന കൂടിയില്ല അപ്പൊ അതുകൊണ്ട് കാമദേവൻ മനസ്സിൽ വിചാരിച്ചു പൂർവ്വജന്മങ്ങളുടെ ഒന്നും ഓർമ്മ ഉണ്ടാവാതിപ്പോട്ടെ അല്ലെങ്കിൽ ആ ഭ്രാന്തി ഓടിക്കും കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ഓർമ്മകൾ നമുക്ക് ഈശ്വരൻ തന്നിരുന്നെങ്കിൽ നിങ്ങൾക്കൊന്നും നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല ഓരോരുത്തർക്ക് പിന്നാലെ കുടിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയായിരുന്നു ഭർത്താവായിരുന്നു മക്കളായിരുന്നു പറഞ്ഞിട്ട് കൂടിയ അപകടം തന്നെയാണ് ഏതായാലും ഇവർ ചമ്പരാസന്നെ വധിച്ച് തിരിച്ചു വന്നു അങ്ങനെ പത്ത് പതിനെട്ട് വർഷം കഴിഞ്ഞതാണ് വരുന്നത് ഒരു ദിവസം ഗൈറ്റ് തുറന്ന് വരുന്നത് കണ്ടപ്പോണി ദേവി നോക്കുമ്പോൾ കൃഷ്ണന്റെ അതേ മുഖച്ചായുള്ള ഒരു കുട്ടി ദേവിയുടെ മനസ്സ് പറയേണ്ട എന്റെ പുത്രനാവൂ നഷ്ടപ്പെട്ടത് വരുന്നത് പറയാൻ പറ്റിയ പതിനെട്ട് കൊല്ലമൊക്കെ ജീവിക്കുക കുട്ടി കൃഷ്ണന്റെ മുഖച്ചാകുന്നതുകൊണ്ട് സംശയമുണ്ട് ഇനി ഇങ്ങോർക്കെവിടേക്കാണ് എന്തൊക്കെയാ ബന്ധങ്ങൾ എന്ന് ഏതായാലും ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് നിന്ന് ആരായി വരുന്നത് എന്ന് ഉടനെ എന്തിനാ ദേവി ഇത്ര പരിഭ്രമിക്കുന്നത് ദേവിയുടെ മരിച്ചുപോയ കുട്ടിയാണ് വരുന്നത് ഇത് കേട്ടതും ദേവിക്ക് വളരെ സന്തോഷമായി ഭഗവാൻ അതിലേറെ സന്തോഷമായി കാരണം ഒറ്റയ്ക്കാ പോയത് ഇപ്പോ കൂട്ടത്തിലൊരാളും കൂടി ഉണ്ടല്ലോ ഇനിയിപ്പോ ആ ടെൻഷനില്ലല്ലോ എനിക്ക് ഇവരൊരാൾ അന്വേഷിക്കണമെന്നുള്ള അങ്ങനെ ആ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടോ ഇനി ഇവന്റെ പുത്രണ്ടായിരുന്നു ഒരുത്തൻ അവന്റെ പേരായിരുന്നു അനിരുദ്ധൻ ഇങ്ങോട്ട് ഒരു കല്യാണം കഴിക്കുന്നത് രുക്മിയിലെ പിന്നെ പ്രദ്യുനും രുക്മിയുടെ ഒരു പുത്രി കല്യാണം കഴിക്കുന്നത് പിന്നെ രുക്മിയിലെ പൗത്രി കല് രുക്മി എന്ന് പറഞ്ഞാൽ രുക്മിണി ദേവിയുടെ ആദ്യത്തെ സഹോദരന്റെ പേരാണ് രുക്മി ആ രുക്മിയിലെ പുത്രനെയും പുത്രിയെയും പ്രദ്യുനൻ കല്യാണം കഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രദ്യുപംനന്റെ പുത്രനായിരുന്നു അനിരുദ്ധൻ ആ അനിരുദ്ധൻ കല്യാണം കഴിക്കുന്നത് ഉഷാപരിണ എന്നുള്ളൊരു എന്താണ് കഥയെന്ന് അതിനുശേഷം പ്രദ്യുനു അനിരുദ്ധനും രുക്മിയുടെ പൌത്രിക കല്യാണം കഴിക്കും ഇപ്രകാരം ആ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് രുക്മിണീദേവിയുടെ സഹോദരനെ ബലരാമസ്വാമി അനിരുദ്ധന്റെ വിവാഹവേളയിൽ കൊല്ലുന്നു ചൂത് കളിക്കുന്ന സമയത്ത് അനിരുദ്ധന്റെ വിവാഹമാണ് എല്ലാവരും ഇങ്ങനെ രുക്മിന്റെ വീട്ടിലിരിക്കുകയാണ് അപ്പം ജയിച്ചത് ബലരാമസ്വാമിയാണെങ്കിലും രുക്മി നോണ പറയും നോണ പറഞ്ഞതിൽ ദേഷ്യം വന്ന ബലരാമസ്വാമി ഒരൊറ്റ അടിയെടുത്തിട്ട് കൊല്ലും അയാളുടെ മക പേരക്കുട്ടിയുടെ കല്യാണം പേരക്കുട്ടിയുടെ കല്യാണത്തിന് തന്നെ അതാണ് ശരിയാക്കി കളഞ്ഞു പറയാം ഇങ്ങനെ ഒരു കഥ പറയാണ് പറയാണ് തൽപുത്രോ അനിരുദ്ധോ ഗുണനിധിരവൻ രോജനാം രുമി വോ വാഹം കഴിച്ചു അനിരുദ്ധൻ പിന്നീട് നവതി മുസലിനുക്തി ദൂതവൈരാ ദൂതത്തിൽ നുണ പറഞ്ഞപ്പോ ആ മുസലിന കലപ്പുകൊണ്ട് ബലരാമസ്വാമി രുക്തിയെയും വധിച്ചു എന്നിട്ടു ബാണസ്യ സാബലി സുത്രബാഹോ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാഖിലോഷ തൽപോത്രമേനമനിരുദ്ധമതിഷ്ടപൂർവം സ്വപ്നേനുഭൂയ ഭഗവൻ വിരഹാദുരാ പണ്ട് മഹാബലിയുടെ പുത്രൻ ബലിസുധൻ ബലിസുധൻ എന്ന് പറഞ്ഞാൽ മഹാബലിയുടെ പുത്രൻ അയാളുടെ പേരായിരുന്നു സഹസ്രബാവുള്ള ബാണൻ അയാൾക്ക് ഈ സഹസ്രബാഹും മഹേശ്വരസ്യ പരമശിവനെ പ്രീതനാക്കി മേടിച്ചതാണ് എന്നിട്ടോ അവൾക്കൊരു മകളുണ്ടായിരുന്നു സ ഉഷാ മഹിത അവളുടെ പേരായിരുന്നു ഉഷ ബാണന്റെ പുത്രിയായിരുന്നു ഉഷ ഈ ഉഷ അവൾക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തോണ്ട് ഇരുന്ന് സ്വപ്നം കാണലായിരുന്നു പണി ചിലർക്ക് അങ്ങനെയാണല്ലോ ഒരു പണിയില്ലെങ്കിൽ ഇരുന്ന് സ്വപ്നം കാണും അല്ലെ ടി കാണും അവളെ കണ്ട സ്വപ്നം എന്താണെന്ന് വെച്ചാൽ അനിരുദ്ധം സ്വപ്നെ അനുഭൂയ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പേരക്കുട്ടിയുമായിട്ട് രമിക്കുന്നത് സ്വപ്നം കണ്ടു എന്നിട്ടോ യോഗിന്യടീപകുശലാ കലുചിത്രലേഖ തസ്സഹീ വിഗദീ തരുണാനശേഷാൻ തത്രാനിരുദ്ധമുഷയാ വിദിതം നിശായ ആനേഷ്ടോഗമതോ നികേതൽ അങ്ങനെ ഉഷയ്ക്കൊരു സഹി ഉണ്ടായിരുന്നു അവളുടെ പേരായിരുന്നു യോഗിനി അതീവകുശല ആ ചിത്രലേഖ അതീവ കഴിവുള്ള സൂക്ഷ്മ ശരീരത്തേക്കെടുത്ത് പോകാൻ കഴിയുന്ന സ്ത്രീയായിരുന്നു ചിത്രലേഖ അവൾക്കുള്ളൊരു കഴിവെന്താന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മനസ്സിലുള്ള ചിത്രം വരയ്ക്കാൻ സാധിക്കുന്നവള് അങ്ങനെ അവള് ചിത്രം വരച്ച് ചിത്രം വരച്ച് അനിരുദ്ധന്റെ ചിത്രം കണ്ടപ്പോ അനിരുദ്ധം ഭവത അനിരുദ്ധനെ കണ്ടപ്പോ അനിരുദ്ധനാണെന്ന് കണ്ടപ്പോ ഉഷ എന്ന് പറയുന്ന പെൺകുട്ടി സ്വപ്നം കണ്ടവളുണ്ടല്ലോ അവൾ ഇങ്ങനെ ലജ്ജയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാൻ തുടങ്ങി അപ്പൊ ചിത്രയിലേക്ക് മനസ്സിലായി ഇവിടെയാണ് നമ്മളെ മനസ്സിൽ കണ്ടതെന്ന് ചോദിച്ചെന്താ വേണ്ടതെന്ന് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ പ്രദ്യുന്നെ ശമ്പരാസനം കൊണ്ടുപോയതുപോലെ അനിരുദ്ധനെ ഉഷ അപകരിച്ചു കൊണ്ടുപോകുന്നു ദ്വാരകൾ അന്നൊന്നും ഒരാൾ പോയാൽ അറിയില്ല കാരണം അത്രയും മക്കളും പേരക്കുട്ടികളായിരിക്കുന്ന സമയത്ത് വീട്ടില് പത്രിക എണ്ണത്തിൽ നിന്ന് സിനിമയ്ക്ക് പോയി ആരറിയുന്നു ഇതുപോലെ ഭഗവാന്റെ കൊട്ടാരത്തിലെ കുട്ടികളും പേരക്കുട്ടികളായിട്ട് ആകെ ബഹളം അതിൽ അനിരുദ്ധനൊന്നും പോയാൽ ഏതായാലും അനിരുദ്ധനെയും കൊണ്ട് യോഗബലതോപതാ എന്ന് കേട്ടാൽ യോഗബലം കൊണ്ട് അവള് ഭഗവാന്റെ വീട്ടിൽ നിന്നും അനിരുദ്ധനെയും അപകരിച്ച് എവിടെ കൊണ്ടുവന്നാക്കി ശമ്പരാ സോറി ബാണാസുരന്റെ കൊട്ടാരത്തിൽ ഉഷയുടെ മുറിയിൽ കൊണ്ടാക്കി പോരെ അപ്പോ അനിരുദ്ധൻ ഉഷയുടെ മുറിയിലെത്തി എന്നിട്ടോ കനയാസുഗമാരമന്ദം ചൈനം കഥഞ്ജനപന്ധു ശൈർവന്തോ ഷീനാരദോക്തന്ദ ദുരന്ധരോഷ തും തയ്യോണപുരം ഇഗുവിർനിരുദ്ധ അങ്ങനെ ഉഷയോടത്ത് അയാൾ ചൂതുകളിയും തമാശയും പാട്ടും ഇതൊക്കെ വീട്ടിന്റെ മുകളിലാണ് നടക്കുന്നത് അച്ഛൻ ഇതൊന്നും അറിയുന്നില്ല ഇങ്ങനെ ഒരു പാർട്ടി ഇവിടെ വന്നു കൂടിയിട്ടുണ്ടെന്ന് മകള് പറഞ്ഞതുമില്ല ഇങ്ങനെ ഒരു പാർട്ടിയെ ഞാൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടെന്ന് എന്തിനു പറയുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ അവള് ഗർഭിണി തോഴിമാരെ വന്ന് ഇനിയും പറഞ്ഞില്ലെങ്കിൽ അപകടമല്ലേ ബാണാസുരനോട് പറഞ്ഞതും ആ ബാണൻ അനിരുദ്ധനുമായി യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ച് മുകളിൽ കയറി വന്നപ്പോൾ തന്റെ മകളെ ഇങ്ങനെ ഗർഭിണിയാക്കിയ ഈ ക്രൂരനെ ആരാണവൻ എന്നൊക്കെ പറഞ്ഞ് വന്ന് അനിരുദ്ധനാണെന്ന് കണ്ടപ്പം അച്ഛൻ പറയാണ് എന്നാലും മകള് പിടിച്ച് കൊമ്പ് തരക്കടില്ലാന്ന് അപകടത്തിലാണ് മകളായിരിക്കുന്നത് എന്നാലും ഇയാളെ കണ്ടപ്പോ ഒരു സന്തോഷമൊക്കെ തോന്നി എന്നാലും ഇതൊക്കെ ചെയ്തു പിടിച്ച് ജയിലിലാക്കി ബാണാസുരന്റെ ജയിലിൽ കിടക്കേണ്ടി വന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ പൌത്രൻ ഇതൊന്നും ഭഗവാൻ അറിഞ്ഞിട്ടും ആരോടും പറഞ്ഞതില്ല ഒരു ദിവസം നാരദ കൊട്ടാരത്തിൽ വന്നിട്ട് പറഞ്ഞു അല്ല ഭഗവാനെ അങ്ങേക്കൊരു പേരക്കുട്ടി ഇല്ലേ ഭഗവാൻ ചോദിച്ച ബാക്കിയാർക്കാന്ന് കുറെ എന്തായി ഒന്നും രണ്ടെന്നല്ലല്ലോ അല്ല അനിരുദ്ധം എന്ന് പറഞ്ഞൊരു പാർട്ടി അതേ അതിലിപ്പോ എവിടെയാണ് ഭഗവാൻ പറഞ്ഞു അറിയില്ല എവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എവിടെയല്ല ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയപ്പോ ജയിലാണെന്ന് ബലരാമസ്വാമിക്ക് ഇങ്ങനെ ദേഷ്യം വന്നു കുറെ കുട്ടികൾ ഉണ്ടായാൽ പോരാ കൃഷ്ണൻ അവരൊക്കെ വളർത്താനും പഠിപ്പിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞു അവരൊക്കെ എന്നെ പോലെ വളർന്നോളന്ന് ജേഷം ടെൻഷൻ എടുക്കേണ്ടത് ഏതായാലും ബലരാമസ്വാമി ഒരു നാണക്കേട് നമ്മുടെ പൗത്രൻ അവിടെ കണ്ട് ഒരു കൃഷ്ണൻ തയ്യാറോ യുദ്ധത്തിനെന്ന് അങ്ങനെ ഇവരെല്ലാം യുദ്ധത്തിന് പോയി അങ്ങനെ ബാണാസുരന്റെ അവിടെ എത്തിയപ്പോ ആ കാലഘട്ടത്തിൽ ബാണാസുരൻ വേറൊരു പണിയൊപ്പിച്ചു ഇയാള് ശിവനെ പ്രീതിപ്പെടുത്തി ശിവൻ വരം ചോദിച്ചു എന്താ വേണ്ടതെന്ന് അപ്പൊ ശിവനോട് ചോദിച്ച വരം എന്താ വെച്ചാൽ എന്റെ വാച്ച്മാൻ ഒരു ഒഴിവുണ്ട് വീണ് കൊട്ടാരത്തിലെന്ന് അതിനിപ്പെന്താ വേണ്ടത് അങ് പണിയെടുക്കണം ഭഗവാൻ പരമശിവനെ തന്റെ വാച്ച്മാൻ ആക്കി മാറ്റിയവനായിരുന്നു അപ്പം അവൻ എത്ര കേരളമായിരിക്കണം ഭഗവാന് പണിയെടുത്തവൻ നിങ്ങളൊക്കെ ഗുരുവായൂരിച്ചെന്നുണ്ടെങ്കിൽ ആലോചിച്ചത് ഭഗവാനെ എന്തെങ്കിലും ജോലി പറയാ ഭഗവാനോട് പറയാം അങ്ങനത്തെ ജോലികളെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ അത് പറഞ്ഞവനായിരുന്നു അങ്ങനെ കൃഷ്ണനും മറ്റു യുദ്ധത്തിന് വന്നു ആ സമയത്ത് ബാണാസുരൻ ശിവനോട് പറഞ്ഞു ഇങ്ങനെ ഉപ്പുമാവം കഴിച്ചുപിടിയിരുന്നാ പോരാ എനിക്കും എനിക്ക് യുദ്ധത്തിന് തയ്യാറാവണമെന്ന് ശോലുവം പിടിച്ചിട്ട് പരമശിവൻ കൂടെ യുദ്ധത്തിനായിട്ട് സുബ്രഹ്മണ്യസ്വാമി അങ്ങനെ ഘോരയുദ്ധം അവിടെ നടന്നു എന്നാണ് എന്നിട്ടോ ശോണിതപുരം എതുപരുന്ന രന്ത്യ എതുക്കള് ശോണിതപുരത്തിലേക്ക് പോയി എന്നിട്ടോ പുരി പുരീപൈര പ്രിതുവിത്ര ഭഗവൻ സമം ബോധവ്രാതേയത് പരമശങ്കം നിർദേ മഹാപ്രാണോ ബാണോ ഷടിയുധാനുധേ ഗുഹ പ്രദ്യുന്മവേ പുരഹന്ദ്രാജഗിഷേ ഒരു നല്ല യുദ്ധമായിരുന്നു ബാണാസുര യുദ്ധം എങ്ങനെയായിരുന്നു ബാണന്റെ രാജ്യത്തിലേക്ക് കയറിയ ഭഗവാൻ കൂട്ടരെയും ഭൂതബ്രാത ഭൂതഗുണങ്ങളെക്കൊണ്ട് പരമശിവൻ തടഞ്ഞു നിർത്തിയപ്പോ ഭഗവാനും കൂട്ടരും അടിച്ചു കയറിയ അയാളുടെ കൊടിമാരൊക്കെ മറിച്ചു എന്നിട്ടോ ബാണച്ചടിതി ബാണൻ യുദ്ധത്തിൽ വന്നു ആരായിട്ടാണ് അദ്ദേഹം മഹാപ്രാണബാണച്ചു അദ്ദേഹം ഭഗവാന്റെ സാത്വിക എന്ന് പറയുന്ന മന്ത്രിയുമായി യുദ്ധം ചെയ്തു പ്രദ്യുനോ പ്രദ്യുനൻ ഗുഹനുമായി യുദ്ധം ചെയ്തു സുബ്രഹ്മണ്യസ്വാമിയായിട്ട് യുദ്ധം ചെയ്തു ഭഗവാനോ ഭഗവാൻ പരമശിവനുമായി യുദ്ധം ചെയ്തു അപ്പൊ നല്ലൊരു യുദ്ധമാണത് പരമശിവനായിട്ട് കൃഷ്ണൻ പ്രദ്യുനൻ സുബ്രഹ്മണ്യസ്വാമിയായിട്ട് സാത്വികീം വാങ്ങനും എന്നിട്ടോ നിരുദ്ധാശേഷമാ പരാ സ്കന്ദ കുസുശരണേച്ച സ ശിവാ സകുംഭാണ്ടോ ഭാണ്ടവവിമലേന ശുപിബിദേ അങ്ങനെ ഘോരമായ യുദ്ധം നടന്നിരുശേത വസ്ത്രേണൌഷധി ആ പരമശിവനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ അസ്ത്രം കൊണ്ട് മോഹിപ്പിച്ചു കളഞ്ഞതാണ് പരമശിവൻ തോറ്റു നടർത്തം മറ്റുള്ളവരൊക്കെ പേടിച്ചുകൊണ്ട് അവസാന സ്കന്ദനെ സുബ്രഹ്മണ്യസ്വാമിയെ പ്രത്യുനും തോൽപ്പിച്ചു കുമ്പാണ്ട ബാണ്ഡമ്യമബലേന അവന്റെ മന്ത്രിയായിരുന്ന കുമ്പാണ്ടനെയും ഭഗവാൻ തോൽപ്പിച്ചു എന്നിട്ടോ ചാപാനാം പഞ്ചശത്യാ പ്രസവമുഗത്തെ ഛിന്ന ചാപേദാണി വ്യത്തെയാതേ സമേ ജരപതിരസനീ രജ്ജരീ തജ്ജേണ ജാനീസുവാദവരിതജാ വിജലം സരോഗർജാനോ ബഹുതമസ രൗദ്രചോ ഹി രൗദ്ര അതിനുശേഷം ബാണി ചാപാനം പഞ്ചശത്യ അഞ്ഞൂറ് വില്ലുകളുമായിട്ട് ആ ബാണൻ ഗുരുവായപ്പനോട് യുദ്ധത്തിൽ വന്ന സമയത്ത് അതെല്ലാം തകർത്തുകൊണ്ട് ഭഗവാൻ അവന്റെ അവനെ ക്ഷീണിപ്പിച്ചവൻ സ്വപ്നത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ് അപ്പോഴേക്കും പരമശിവൻ ഒരു ജ്വരയെ സൃഷ്ടിച്ചു ആ ജ്വര വന്നിട്ടോ ഭഗവാനോട് യുദ്ധത്തിൽ വന്നപ്പം ഭഗവാനും സമേതജ്വരപതിജ്ഞരേന മറ്റൊരു ജ്വരയെ സൃഷ്ടിച്ചുകൊണ്ട് ആ പരമശിവ ജ്വരയെ തോൽപ്പിച്ചു ആ ജ്വര പരമശിവനോടുകൂടി ചേർന്ന് ശ്വത്വാത്തവ ചരിതരുചുഷാം വിജ്വരന്താകാൽ ആരാണോ ആ ജ്വരയുടെ സ്തുതി വായിക്കുന്നത് പഠിക്കുന്നത് അവർക്ക് ജ്വരകളിൽ നിന്ന് മുക്തികൾ ഉണ്ടാവട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ് ഇപ്രകാരം രൗദ്രഅന്ദജ്ഞാനവന്തവി ഭഗവാന്റെ പാർഷദന്മാര് പരമശിവ പാർഷന്മാര് ഉള്ളിൽ ജ്ഞാനമുള്ളവരാണെങ്കിലും ബഹുതവസ അവർ തമോഭൂതന്മാരായതുകൊണ്ട് ഭഗവാന്റെ മാത്മ മനസ്സിലാക്കാതവര് യുദ്ധത്തിന് തയ്യാറായി എന്നിട്ടോ ബാണം നാനായുദോഘ്യം പുനരവിപതിതം ദർപ്പോഷാദിതൻ നാശേഷോഷം ശപതി ബുപുദുഷ ശങ്കരേണോപഗീത തദ്ശിഷ്ടാഹോ നിതയമുഭയതോ നിർഭയം തൽപ്രിയം ത മുക്ദത്തമാനോ ഇതപരമക സാരുത്ത സഹോഷ ദർപ്പദ്ഷാൽപുനഭിപതിതം വീണ്ടും അഹങ്കാരം കൊണ്ട് ഞാൻ കഴിവുള്ളവനാണെന്നുള്ള തോന്നൽ കൊണ്ട് ഭഗവാനോട് യുദ്ധത്തിന് വന്നപ്പം നെല്ലോനാശോഷ ശേഷദോഷം വിതന്നൻ ഭഗവാൻ അവന്റെ എല്ലാ അഹങ്കാരവും തകർത്തുകൊണ്ട് അവസാനം അവരെ കൊല്ലാൻ വേണ്ടി തയ്യാറായപ്പോ പരമശിവൻ പറഞ്ഞു ഭഗവാനെ അവരെ കൊല്ലണ്ട കാരണം പണ്ടവിടുന്ന് പ്രഹ്ലാദന് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്ന് തലമുറകളെ ഏറ്റെടുത്തോളാം അതുകൊണ്ട് കൈകളെ മാത്രം വെട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് അവന്റെ ആയിരക്കണക്കി കൈകളിൽ രണ്ട് കൈകൾ മാത്രം വെച്ച് തദ്വാചാദ ശിഷ്ടഭാഗോദ് അങ്ങനെ വെച്ചുകൊണ്ട് അവനെ അനുഗ്രഹിച്ചുകൊണ്ട് തന്റെ പൌത്രനായ അനിരുദ്ധനോടും അവന്റെ പുത്രിയായ ബാണന്റെ പുത്രിയായ ഉഷയോടും കൂടിയിട്ട് ഭഗവാൻ തിരിച്ചു ദ്വാരകയിലേക്ക് വന്നു ഇങ്ങനെയാണ് ഉഷ അനിരുദ്ധ പരിണയം കഥ പറയുന്നു മോഹസ്താവത്സക്രം വരുണമജയോ നന്ദഹരണേ യമം ബാലാനീധോനിലിം വത്സേ ഗിരിഭോ വിശ്വോൽക്കർ സദയമവതാരോ ജയവിഹൂത്താവൽ പലതവണയായിട്ട് ശക്രം ഇന്ദ്രനെ അങ്ങ് തോൽപ്പിക്കലായി പിന്നീട് നന്ദഹരണേ വരുണം അന്തനെ ഹരിച്ചു പോരിൽ വരുണെ അങ്ങ് തോൽപ്പിച്ചു പലാനീതോ യമം ബാലാനീതോ പുത്രനെ കൊണ്ടുവരാൻ വേണ്ടി യമരാജാവിനെ തോൽപ്പിച്ചു ദവദഹനവാനെ അനിലസഹം അഗ്നി കഴിച്ച് അഗ്നി ഭഗവാനെ തോൽപ്പിച്ചു പത്സസ്തേയവിധിം പശുക്കളെ അപകരിച്ച് മാറ്റിവെച്ചതിന് ബ്രഹ്മാവിനെ അവിടുന്ന് തോൽപ്പിച്ചു ഇപ്പോ ബാണനിലൂടെ പരമശിവനിലൂടെ തോൽപ്പിച്ചു ഇപ്രകാരമുള്ള അവതാരമുണ്ടല്ലോ കൃഷ്ണാവതാരം മറ്റവതാരങ്ങളിൽ വച്ച് സർവോൽകൃഷ്ടമായി വിരസുന്നു അപ്രകാരമുള്ള കൃഷ്ണമഹിമയെ മുന്നിൽ അവതാരോ ജയിതിതെ ആ അവതാരത്തിനെ നമസ്കരിക്കുന്നു എന്ന് പറയാണ് അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരത്തിന്റെ മഹിമ എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് ഉപസമരിപ്പിക്കുകയാണ് നിജ ജനീജക്തിമനുത്തമ ഉപദിശൻ പവനീശരപാഹിമാജരുഷ കൃകലാസമൂർദ്ധനം പണ്ട് ബ്രാഹ്മണരുടെ ശാപം കൊണ്ട് മൃഗൻ എന്ന് പറയുന്ന മഹാരാജാവ് ഓന്തിന്റെ രൂപമെടുത്തു ആ ഓന്തിന്റെ രൂപമെടുത്ത മൃഗനെ ഭഗവാൻ ഭഗവാന്റെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പന്ത് കിണറ്റിൽ വീണുവെന്നും കിണറ്റിലായിരുന്നു ഓന്ത് ഭഗവാൻ കൈ കാണിച്ചപ്പോ ഓന്ത് പുറത്തു വന്നപ്പോൾ ഓന്ത് രൂപം മാറി ഒരു ദിവ്യരൂപമെടുത്തപ്പോൾ ചോദിക്കുകയായിരുന്നു ഭഗവാൻ നീ ആരാണെന്ന് അപ്പോഴാണ് അവൻ പറയുന്നത് ഞാൻ പണ്ട് മൃഗൻ എന്ന് പറയുന്ന മഹാരാജാവായിരുന്നു ഞാൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തപ്പോ ഒരിക്കൽ ദാനം ചെയ്ത പശു വീണ്ടും ആലയിൽ വന്ന് കയറി രണ്ടാമതൊരു ബ്രാഹ്മണൻ വന്നപ്പോ ആദ്യം ദാനം ചെയ്ത പശുവിനെ വീണ്ടും ഒരിക്കൽ കൂടി ദാനം ചെയ്തപ്പോ ബ്രാഹ്മണനെ തമ്മിൽ ഇതറിഞ്ഞ് കലഹമുണ്ടാക്കി രണ്ടുപേരും കൂടി അറിഞ്ഞ് എന്നെ ശതച്ചു കളഞ്ഞു ഓന്തായി പോവട്ടെ എന്താ ഓന്താവാൻ കാരണം ദാനം ചെയ്ത സാധനം വീണ്ടും മറ്റൊരാൾക്ക് ദാനം ചെയ്യുക അന്ന് ഞാൻ മനസ്സിലാക്കി എന്ത് മേലാലാർക്കും ഇതല്ല ഞങ്ങൾ മനസ്സിലാക്കിയത് ഇതൊന്നും തലയിൽ കയറ്റി പോകരുത് അന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് ഒരാൾക്ക് കൊടുക്കുന്ന സാധനം അത് ശ്രദ്ധാപൂർവം കൊടുക്കണം അപ്പോ പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ പറ്റുന്നൊരു വീഴ്ചയാണ് ഈ നൃഗന്റെ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കഥയാണ് നാം മറ്റൊരാൾക്കുണ്ടാക്കുന്ന വേദനയാണ് പിൽക്കാലത്ത് നമുക്കൊരു ശാപമായി മാറുന്നത് അതുകൊണ്ട് നാം ജീവിതം കൊണ്ടു നടക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം വേണം നമ്മുടെ അടുത്തൊരു പിഴവ് പറ്റിയാൽ ആ പിഴവ് പിന്നീടൊരു ഒരു ശിക്ഷയായി ശാപമായി നമ്മുടെ കൂടെ വരുന്നിവിടെയാണ് നിങ്ങൾ അമ്പലത്തിൽ പോയോ പോയില്ലെന്നുള്ളതല്ല മുഖ്യം അമ്പലത്തിൽ പോയാലും പോയില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരോടുള്ള ഇടപഴകലുണ്ടല്ലോ അത് തന്നെ ഭക്തിയായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കണം നമ്മുടെ വാക്കൊന്ന് മറ്റൊരാളെ വേദനിപ്പിച്ചാൽ ഇന്ന് ആ വാക്ക് നമുക്കൊരു പക്ഷെ സുഖം തന്നേക്കാം ചീത്ത പറഞ്ഞതിൽ സന്തോഷം കാണുന്നവരുണ്ട് എന്നാലും ഞാൻ കൊടുത്തല്ലോ എന്നുള്ളത് ചിലർക്ക് അപ്പോഴും മതിയാവില്ല അങ്ങനെയുള്ളവരുണ്ട് പണ്ട് രണ്ടുപേര് ഭയങ്കര അടിപിടിയിട്ട് കോടതിയിലെത്തി ചീത്ത പറഞ്ഞതിന് കോടതി ശിക്ഷ വെച്ചു അമ്പത് രൂപ ഫൈൻ അപ്പൊ ഇയാള് ജഡ്ജിനോട് പറയാ പിടിച്ചോ നൂറ് രൂപയെന്ന് ചോദിച്ചോ അതെന്തിനാണെന്ന് രണ്ടെണ്ണം കൂടി പറയാമെന്ന് എനിക്ക് ഇന്ന് തീർന്നിട്ടില്ലാന്ന് അപ്പൊ അങ്ങനെ വാശിയിൽ പറഞ്ഞു തീരാത്തവരുമുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ ഇപ്പോൾ നമുക്കൊരു സുഖം കണ്ടെത്താൻ പറ്റിയാലും തിരിച്ചറിയേണ്ടുന്നൊരു വസ്തുത അതേ വേദനയാണ് നാളെ ഒരു ശാപമായി പ്രശ്നമായി ഒരു ബുദ്ധിമുട്ടായി ഒരു വേദനയായി ഒരു രോഗമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് അതുകൊണ്ട് ഇടപഴകൽ നിന്ന് നമുക്ക് വളരെ ശ്രദ്ധാപൂർവം വേണം ഒരിക്കലും ഇതിനെക്കുറിച്ചൊരു കഥ പറയുക ഒരാള് അയാൾക്ക് മറ്റൊരാളെ വേദനിപ്പിക്കുന്നതായിരുന്നു അയാളുടെ ജീവിതത്തിന്റെ ഒരു സ്വഭാവം അപ്പൊ ഇതിൽ നിന്ന് മുക്തനാവണം അയാളൊരു മഹാത്മാവിനെ ചെന്ന് കണ്ടു ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കണം അതിനെന്താ വേണ്ടത് അപ്പൊ മഹാത്മാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നീ ഒരു വീട്ടിൽ ഒരു പലയ ചുമരിലടിച്ചു വയ്ക്കണം എന്നിട്ട് നീ ആരെ വേദനിപ്പിച്ചോ ആ വേദനിപ്പിച്ചത് മനസ്സിൽ ഓർത്തുവയ്ക്കുക എന്നിട്ട് ഒരാണിയെടുത്ത് പലകയിലടിക്കുക ആണിയെടുത്തിട്ട് പലകയിൽ അടിച്ചു വയ്ക്കണം അങ്ങനെ പലകയിലടിക്കുന്ന സമയത്ത് ഓർക്കണം ഞാൻ ഇന്നൊരാളെ വേദനിപ്പിച്ചത് അപ്പൊ ഒരു ദിവസം നാലഞ്ചാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ഒരഞ്ചാണി എടുത്തിടിക്കുക അങ്ങനെ നീ ദിവസം പ്രതി ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യണം അപ്പൊ ഇയാളിങ്ങനെ ചെയ്യാൻ തുടങ്ങി ഒരു മാസം ആവുമ്പോഴേക്ക് ഇയാൾക്ക് ഓർമ്മ വന്നു ഞാനിങ്ങനെ വേദനിപ്പിച്ചാൽ ആണി അടിക്കണം പിന്നെ ഇയാൾക്ക് വേദനിപ്പിക്കുമ്പോഴേക്കും ഓർമ്മ വരും എന്ത് ആണിയുടെ കാര്യം അപ്പൊ ഇയാൾ നേരെയാക്കി കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് പരമാവധി സഹിച്ചും ഉൾക്കൊണ്ടും അത് സ്വഭാവം പിന്നെ ഒരു മാസം ഇയാൾക്ക് ദേഷ്യം ഒരു പ്രശ്നമില്ല ഒരാളിയും വേദനിപ്പിക്കില്ല ദേഷ്യമൊന്നും വരില്ല അപ്പൊ അയാൾ ഗുരുവിനോട് ചോദിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അപ്പൊ ഗുരു പറഞ്ഞു ഇനി ഇനി ദേഷ്യപ്പെടാത്ത വേദനിപ്പിക്കാത്ത ദിവസങ്ങളുണ്ടെങ്കിൽ അന്ന് ഒരു ആണി എന്ന് പലകയിൽ നിന്ന് വലിച്ചെടുക്കാൻ പറഞ്ഞു അപ്പൊ ഇയാൾ ശ്രദ്ധിക്കും എന്നാലും ഇടയ്ക്കൊക്കെ വീഴും ഇയാൾ വീഴിൽ നിന്ന് വീണ്ടും അടിക്കണം അങ്ങനെ ഒരു മൂന്ന് മാസം കൊണ്ട് ഇയാൾക്ക് ആണിയെല്ലാം വലിച്ചെടുക്കാം ഇനി ആണിയില്ല അയാൾ ഗുരുവിന്റെ അടുത്ത് പോയി ഇനി എന്ത് ചെയ്യണം എന്ന് ഗുരു പറഞ്ഞു ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് ഇനി വേദനിപ്പിക്കുമ്പോഴൊക്കെ ഓർമ്മിക്കുക ആ ആണിയുടെ ഒരു സുഷിരം എവിടെയുണ്ട് പലകയിലുണ്ട് അത് മാറ്റാൻ ഇതുപോലെ നമ്മളൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളിലുണ്ടാക്കിയൊരു വേദനയുടെ മുറിവ് അയാളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അത് നാളെ നമുക്കൊരു പ്രശ്നമായിട്ട് വരണം ഈ ബോധം നമുക്കുണ്ടെങ്കിൽ ശ്രദ്ധാപൂർവം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് മൃഗമോക്ഷം എന്ന് പറയുന്ന കഥ എൺപത്തി ദശകത്തിലാണ് ഭഗവാൻ പൗണ്ട്രകൻ എന്ന് പറയുന്ന രാജാവിനെ വധിക്കുന്നതും കാശിയെ നശിപ്പിക്കുന്നതും പിന്നീട് വിവിധൻ എന്ന് പറയുന്ന അസുരനെ ഒരു വാനരനെ ബലരാമസ്വാമി വധിക്കുന്നതും തുടങ്ങിയിട്ടുള്ള ലീലകളാണ് വർണ്ണിക്കുന്നത് രാമേദഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഭൂതാനുഭേദയമുനാതമനേ മതാന് സമാരമതി സേവകവാദമൂഢോ ൂതം നങ്ങനെ ഭഗവാൻ ഉഷാപരിണയമൊക്കെ കഴിഞ്ഞതിനുശേഷം ഇവിടെ ഉഷാപരിണയത്തിന്റെ കഥകളൊക്കെ പറഞ്ഞതിനു ശേഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് നിന്ന് ഒരിക്കൽ ബലരാമസ്വാമി വീണ്ടും അവിടെ നിന്ന് ഗോകുലത്തിലെത്തി വൃന്ദാവനത്തിലെത്തിച്ചേർന്നതാണ് അങ്ങനെ ഗോപികുമാരമൊത്ത് വൃന്ദാവനത്തിലെ യമുനയിൽ ക്രീഡ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ യമുനയെ ഭഗവാൻ ബലരാമസ്വാമി അരികിലേക്ക് വിളിച്ചതാണ് അങ്ങനെ അരികിലേക്ക് വരാതിരുന്നപ്പോ തന്റെ കലപ്പ കൊണ്ട് വലിച്ചെടുത്ത് ആകർഷിച്ചു അങ്ങനെ കാളിന്തി നദിയുടെ ആ ഗർഭത്തെ ബലരാമസ്വാമി ഇല്ലാതെയാക്കി എന്നൊരു കഥ പറയും കാളിന്തി യമനയിലെത്തിക്കഴിഞ്ഞാൽ ഇന്നും വൃന്ദാവനത്തിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം യമുന നേരെ ഒന്നെടുപ്പിൽ നിന്ന് തിരിഞ്ഞൊഴുകുന്നത് അതിങ്ങൊരു കലപ്പ വലിച്ചിട്ടാണ് അത്രയായത് വന്നുകൊണ്ട് എന്ത് നദികളെയൊക്കെ ഡയറക്ഷൻ മാറ്റിയ കഥകളൊക്കെ ഇന്നിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള വലിയ ചിന്തകളൊക്കെ വരുന്നുണ്ട് ഇന്റർ നദികളൊക്കെ കണക്ട് ചെയ്യാന്ന് ഈ കഥകളൊക്കെ പറയുമ്പോഴുള്ളൂ നമ്മുടെ ഭാരതത്തില് ഏറ്റവും വലിയൊരു സമ്പത്തായിരുന്നു നദീസമ്പത്ത് ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ബദ്രീനാഥിലൊക്കെ ഗംഗയിലെ വെള്ളം അത് നമ്മുടെ ഗവൺമെന്റിന്റെ ബുദ്ധിയിൽ ശൂന്യത കാരണം എത്രയോ വേസ്റ്റായി പോവുക രാജസ്ഥാനിലൊന്നും വെള്ളമില്ല അത് കഷ്ടപ്പെടണം പല സ്ഥലങ്ങളിൽ ആ വെള്ളത്തെ ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലും എത്തിച്ച് എത്രയോ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം പക്ഷേ അതൊന്നും നമ്മുടെ ഗവൺമെന്റിന്റെ ബുദ്ധിയിൽ കയറില്ലല്ലോ നോക്കിക്കഴിഞ്ഞാല് ഭാരതത്തിന്റെ എത്രയോ വലിയ സമ്പത്ത് അതൊന്നും വിലക്കെടുക്കാതെ പുരാണങ്ങളിൽ തന്നെ ഇതൊക്കെ പറയുമെന്ന് തന്നെല്ലോ അന്ന് ബലരാമസ്വാമി കലപ്പകൊണ്ട് വലിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നദികളൊക്കെ മനുഷ്യന്റെ ഉപയോഗത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ സാധിക്കണം അല്ലേ അതിനാണ് കല്ലാതെ കലപ്പ് വലിച്ചൊരു നദി വന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു പൊട്ടക്കഥയാണ് കലപ്പവലിച്ചിട്ടൊന്നും ഒരു നദിയും വരാൻ പോകുന്നില്ലേ ഇനി വന്നാൽ തന്നെ അതുകൊണ്ട് വലിയൊരു പ്രയോജനമില്ല അതുകൊണ്ട് ഉണ്ടോ അപ്പോ ഈ ഭൗതിക സമ്പത്തിനെ പ്രയോജനപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ആത്മീയമായിട്ട് പുരോഗതി പ്രാപിക്കാൻ ഭൗതിക സമ്പത്ത് ആത്മീയ പുരോഗതിയാണ് വിശക്കുന്നവനോട് വേദാന്തം പറയരുത് എന്ന് പറയും വിവേകാനന്ദ സ്വാമികൾ വിശക്കുന്നവനാദ്യം ഭക്ഷണം ഒഴുക്കുക ആദ്യം വയറ് നിറയ്ക്കുന്നുണ്ട് അവനെക്കൊണ്ട് രാമനാമജ ലിപ്പിക്കൂ എന്ന് അല്ല അവർക്ക് ദൈവം നടക്കലല്ല ഇപ്രകാരം ഭഗവാൻ അങ്ങനെ ആകർഷിപ്പിച്ചു അതിനുശേഷം മറ്റൊരു കഥയാണ് രണ്ട് ദ്വാരകയിൽ തന്നെ ഒരുത്തനുണ്ടായിരുന്നു അയാളുടെ പേര് വാസുദേവൻ അയാളുടെ പേര് എങ്ങനെയാണ് പൗണ്ട്രക വാസുദേവൻ എന്നാണ് ശരിക്കും അയാളുടെ പൗഡർ വാസുദേവൻ എന്നാണ് എന്ന് എപ്പോഴും കണ്ണാടിയുടെ മുന്നിലിരിക്കുന്ന പത്തിയാണ് ഇദ്ദേഹം ഏറെക്കുറെ കറുത്ത നിറമാണ് കൃഷ്ണന്റെ അതുപോലെ തന്നെ ഒരു മുഖം ചിലർക്ക് സ്വാമ്യം കിട്ടുമല്ലോ ഇങ്ങനെ ഒരു സ്വാമി ഇയാൾക്കുണ്ടായി ഇയാൾക്കൊരു സുഹൃത്തുണ്ടായിരുന്നു കാശിരാജാവ് ഈ കാശിരാജാവ് ഇയാളോട് പറഞ്ഞു യു ആർ സെയിം ലൈക്ക് കൃഷ്ണ തോന്നുന്ന നീയാണ് വൈകൊണ്ട വാസുദേവന്റെ അപ്പൊ എനിക്ക് നാല് കൈകളൊന്നുമില്ലല്ലോ അതൊക്കെ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളൂ രണ്ടെണ്ണം ഉണ്ടാക്കിച്ചു അതെങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്തോടെ അതിലൊരു ചക്രവും അതുപോലൊരു ശംഖും പിന്നെ ഗത സംഘടിപ്പിക്കാൻ പ്രയാസമല്ല രാജാവാണല്ലോ പിന്നെ ഒരു താമരയൊക്കെ സംഘടിപ്പിച്ച് ഇയാൾ നല്ല പീതാംബരധാരിയുടെ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കും എല്ലാവരോടും ചോദിക്കും സംഗതി ഞാൻ വാസുദേവനല്ലേ എന്നിട്ടെന്തുണ്ടായി അദ്ദേഹം പറഞ്ഞ് നടക്കാൻ തുടങ്ങി ദൂതം നെയ്മഥവാ പൗണ്ടുക വാസുദേവ് ഓ ഇയാൾ ദൂതനെ അയച്ചു ഭഗവാന്റെ അടുത്തേക്ക് അപ്പൊ അതിനു മുമ്പ് ചില സംഭവങ്ങളുണ്ടായി ഭാര്യ ഇയാളുടെ ഈ കോലാഹലമൊക്കെ കണ്ടിട്ട് പറഞ്ഞു നിങ്ങളെന്ത് വാസുദേവൻ യഥാർത്ഥ വാസുദേവൻ ഇവിടെ ശ്രീവത്സവം എന്നൊരു അടയാളുണ്ട് നിങ്ങൾക്ക് എന്ന് അപ്പൊ ഇയാൾ കാശിരാജാവിനോടൊപ്പം ഇങ്ങനെ ഒരു കൂടി വേണമല്ലോ ഞാൻ ഒറിജിനൽ വാസുദേവനാവാൻ അപ്പൊ ഈ കാശിരാജാവ് പറഞ്ഞു നീ മലർന്ന് കടന്നാ ഈ വരും എന്ന് പറഞ്ഞു ഇതൊന്ന് മലർന്ന് കടന്നാ വരുമോ കണ്ണടച്ച് കിടക്കാൻ പറഞ്ഞു കാശിരാജാവ് എന്റെ ഒരു ഇരുമ്പ് കഷ്ണം ചുട്ടുപൊഴിപ്പിച്ച് നെഞ്ചിൽ കൊണ്ടുവച്ചു പൊള്ളി അലറി പറഞ്ഞ സ്ത്രീവത്സവം വരണേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ആ പൊള്ളിയ കലയാണ് പിൽക്കാലത്ത് പൗണ്ട്രക വാസുദേവന്റെ ശ്രീവത്സം പിന്നെ കൗസ്തവം എന്നുള്ള മണി കിട്ടാൻ പ്രയാസമില്ല അതുപോലെ ജ്വല്ലറിന്ന് വാങ്ങിച്ചു മതി ഇയാൾ അങ്ങനെ ഒരു മണിയും ശംഖുചക്ര കഥാധാരിയായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇയാൾക്കൊരു ബുദ്ധിമോശം നോക്കണേ ശ്രീകൃഷ്ണ ഭഗവാൻ ഇയാൾ എഴുതി എനിക്ക് അവകാശപ്പെട്ട ശംഖും ചക്രവും ഗഥയും തന്നെ കാൽക്കൽ വെച്ചിട്ടില്ലെങ്കിൽ നരകത്തിലേക്ക് നിന്നെ പറഞ്ഞയക്കുന്നുണ്ട് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഇയാൾ കത്തെഴുതി എന്നിട്ടോ അയാൾ എഴുതുന്നതാണ് നാരായണോഹമവതി എന്ന ഇഹാസ്മിഭൂമോത്വമിമാമകലക്ഷണാനി ഉത്സൃജ്യ താനി ശരണം പ്രജമാമിതി അഹം ഭൂമോ അവതീർണ നാരായണ ഞാൻ ഈ ഭൂമിയിൽ അവതരിച്ച നാരായണനാണെന്ന് ഒരു സംശയമില്ലയാൾക്ക് ആ രാ കാശിരാജവ് തലയിൽ കയറ്റിയതാണ് എന്നിട്ട് പറഞ്ഞോ അതുകൊണ്ട് മാമകലക്ഷണാനി ഉത്സൃജ്യ താനി ശരണം എന്റെ ലക്ഷണങ്ങളായ ശംഖുചക്ര കഥാപത്മങ്ങളെ കാൽക്കൽ വെച്ചിട്ട് ശരണം താപിച്ചിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഭീഷണി കത്തെഴുതി ഇത് വായിച്ചവ ബലരാമസ്വാമി പൊട്ടിച്ചിരിച്ചു ആരാ ഈ പൊട്ടനെങ്ങനെയാക്കിയത് ശ്രീകൃഷ്ണ ഭഗവാൻ ഉച്ചരിച്ചു എന്ത് ചെയ്തു മകരകുണ്ടലീതേനം ഭഗവാൻ ബലരാമസ്വാമി അവർ കൊണ്ടുകൊടുത്തേക്ക് കൃഷ്ണ അതിന് കാത്തിരിക്കേണ്ടതാണ് കുറച്ച് സൈന്യങ്ങളുമായിട്ട് ഇവന്റെ രാജ്യത്തിലേക്ക് പോയി കരുഷാധിപതം കരുഷ എന്നിട്ടോ യാദവദിത്തും യാദവ സൈനിക യാഥ അവിടെ ചെന്നപ്പോ വക്ഷസി താവേര കൃതാംഗം അവന്റെ ഹൃദയത്തിൽ നോക്കിയപ്പോൾ പൊള്ളിയൊരു ഭാഗം കണ്ടു മനസ്സിലായി ശ്രീവത്സാണ് എന്നുള്ളത് പിന്നെ അനൽപമൂല്യ ശ്രീകൌസ്തം വിലയില്ലാത്തൊരു മണി ശ്രീകൌസ്തം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മകരകുണ്ഡലം ഓ രണ്ട് കമ്മലൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് ശങ്കുചക്ര കഥാപത്മങ്ങൾ പീതജയലം ഭഗവാൻ ഉടുക്കുന്നത് പോലെ മഞ്ഞപ്പെട്ട് ഇതൊക്കെ കണ്ട് സന്തോഷിച്ചു ഫോട്ടോസ്റ്റായിട്ട് വെച്ചതുപോലെയാണ് വില്ക്കുന്നതേ അതുപോലെ ഭഗവാൻ അതൊക്കെ ഒന്ന് കണ്ടാസ്വദിച്ചു എന്നിട്ടോ കാളായസം നിജ സുദർശനർശനമോൽ സുദർശന കാളായസം നിത സുദർശനം ഭഗവാനെന്ത് ചെയ്തു തന്റെ സുദർശനം കൊണ്ട് അവന്റെ അസ്യശീർഷണം താലേം കൊണ്ടായിരുന്നു പറയുന്നത് ഇങ്ങനെയാണ് ഭഗവാൻ ഹേ വാസുദേവ ക്ഷമിക്കണം അവിടുത്തെ ചിഹ്നങ്ങളൊക്കെ ഞാൻ കൈവരിച്ചത് ക്ഷമിക്കണം എന്താ പിടിച്ചോളൂ അവിടുത്തെ ചക്രം എന്ന് രണ്ട് അയാൾക്ക് പിടിക്കാൻ പറ്റുന്നു അത് തലേ അറത്തുകൊണ്ട് പോയി അത് അവിടെ നിന്നും പോയിട്ട് എന്ത് ചെയ്തു നേരെ പോയത് തൻ മിത്രി കാശിപശിരാബി പോയി കാശിരാജാവിന്റെ ശിരസും കൂടെ അറത്തിട്ടിട്ടാണ് വരുന്നത് കാശിരാജാവ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുന്ന സമയത്താണ് ചക്രം വരുന്നത് ശബ്ദം കേട്ടിട്ട് കാശിരാജാവിന്റെ ഭാര്യ മക്കളോട് വന്നു എന്താ മക്കളെ പുറത്ത് വീണിരിക്കുന്നു പോയി നോക്കൂ വല്ല നാണിയേരറ്റയാവോ എന്നുള്ളത് അവര് പോയി നോക്കുമ്പോൾ നാളികേരല്ല വീണിരിക്കുന്നത് അച്ഛന്റെ താലയ വീണിരിക്കുന്നത് ഉടനെ തന്നെ ദേഷ്യം കൊണ്ടയാളുടെ മകൻ തപസ് ചെയ്തിട്ട് ഭഗവാനെ ഭഗവാന്റെ വംശത്തെ നശിപ്പിക്കാൻ വേണ്ടി കൃത്യൊക്കെ സൃഷ്ടിച്ചു എന്നാണ് എന്നിട്ടോ അവളെയൊക്കെ നശിപ്പിക്കുകയാണ് ജാഡ്യേന ബാലകിരാപി കിരാഹമേവ ശ്രീവാസുദേവൈതിരൂടമതിയാതോ പോൽ കോസുഗതം തതമിത്യവേയാൽ വിവേകമില്ലാതെയാണെങ്കിൽ പോലും ഭഗവാനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാന്റെ രൂപം ധരിച്ചിരിക്കുന്ന അവൻ അഹം ശ്രീനിവാ ശ്രീവാസുദേവേവ ഞാൻ വാസുദേവനാണ് വാസ്തവത്തിൽ നമ്മുടെ ആത്മാവ് ആര് തന്നെയാണ് വാസുദേവനാണ് ഇവൻ ആത്മാവിനെ വാസുദേവനായി കണക്കാക്കുന്നതിന് പകരം ശരീരത്തിനെ വാസുദേവനായി കണക്കാക്കുമ്പോഴും മനസ്സിൽ വാസുദേവനാണെന്നുള്ള ചിന്തയുണ്ടല്ലോ അതുകൊണ്ടിന് തതൈക്യദീയാ സായുധ്യമേവ അവന് ബുദ്ധി വാസുദേവനാണെന്നുള്ള ബുദ്ധി വന്നതുകൊണ്ട് അവർ സാഹിത്യം കൈവരിക്കാൻ സാധിച്ചു ഭഗവാൻ പറയണ അത്ഭുതം തന്നെ കസ്യസുഖതം കതം ഓരോരുത്തർക്കും എങ്ങനെയൊക്കെയാണ് സുഹൃതം വെച്ചിരിക്കുന്നത് എങ്ങനെ അറിയാം ഭട്ടതിരിപ്പാട് ആശ്ചര്യത്തോടുകൂടി പറയാം അങ്ങനെങ്കിലും എനിക്ക് സുഹൃതം കിട്ടട്ടെ എന്നാണ് ഭട്ടതിരിപ്പാട് പറയണതേ ആ രീതിയിലെങ്കിലും ഭഗവാനെ എന്നെയൊന്ന് അനുഗ്രഹിക്കൂ എന്നോ കാശീഷ്യോത സുദക്ഷിണാക്യം പ്രഭൂജവദേഹിതാ വിചാര പുത്രനായു സുധീഷ്ണൻ എന്ന് പറയുന്ന പുത്രൻ തന്റെ അച്ഛൻ വധിക്കപ്പെട്ടതിലുള്ള വേദന കൊണ്ട് കാശിക്ഷേത്രത്തിൽ ചെന്ന് ശിവനെ കൊടും തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ദ്വാരക മുഴുവൻ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു കൃത്യയെ ആ കൃത്തിക ഭൂതേ കഥ ജനപ്രദേശമ്യഞ്ചൽ ആ ഭൂതം ദ്വാരകയ്ക്ക് നേരെ പുതുക്കിയാണ് സുധീക്ഷിണൻ പറഞ്ഞ പ്രകാരം ദ്വാരകയെ നശിപ്പിക്കാനായിട്ട് എന്നിട്ടോ താലപ്രമാണചരണാമിലം ദഹന്തിലം ആ ഭീകരമായൊരു രൂപം ദ്വാരകയെ നശിപ്പിക്കാനായിട്ട് കൃത്യമായിട്ട് വരുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യവാമയുടെ കൂടെ ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ദ്വാരകയുള്ള ആളുകളെല്ലാം ഓടി വന്നിട്ട് ഭഗവാനെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഓടി വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരു ഭയങ്കര സത്വമിത വിഴുങ്ങാനായിട്ട് ദ്വാരകയിൽ നിൽക്കുന്നു എന്ന് ഭഗവാൻ ഇളകിയില്ലത്രെ ദൂതോത്സവിതോ അല്പം പോലും ചടിക്കാതെ ഭഗവാൻ എന്നീതു പാർശ്വസ്തമാകാലചക്രം തന്റെ സുദർശന ചക്രം മാത്രം അയച്ച് ആ തിരിച്ചയച്ചു അവളാണെങ്കിലോ സുധീഷ്ണൻ എന്ന് പറയുന്ന കാശിരാജാവിന്റെ പുത്രനാ പറഞ്ഞയച്ചത് ഈ കാല പോയിട്ട് കൃത്തിക തന്നെ പോയിട്ട് കാശി രാജ്യം ചുട്ട് തകർത്ത് കളഞ്ഞു ഇവരൊക്കെ കൊന്നു നശിപ്പിച്ചു കാശീക്ഷേത്രം ഒഴികെല്ലാം നശിപ്പിച്ചു എന്ന് അഭ്യാപത്യതാം നിഹസ്തേ ഹാ ഹേതി വിദ്രുതവതിരമയു കാശിപുര മതാക്ഷീ അവൾ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഹാ ഹാ ഹാ എന്ന് പറഞ്ഞ അലറിക്കൊണ്ട് ആ കൃത്യ തിരിച്ച് വിദ്രുവതി അവള് ഭയം കൊണ്ട് തിരിച്ച് കാശിയിലേക്ക് ഓടിയിട്ട് സുദക്ഷിണം ആ സുദക്ഷിണൻ തന്നെ കുന്നുകളഞ്ഞു ഭഗവാന്റെ ചക്രമോ ആ ചക്രം പ്രോഷ കാശിപുരിയും ഭഗവാന്റെ ചക്രം കാശിയെയും ചുറ്റിച്ചാമ്പലാക്കി കാശി ക്ഷേത്രം മാത്രം ഭഗവാൻ ചക്രം കൊണ്ട് നശിപ്പിച്ചു ബാക്കിയെല്ലാം നശിപ്പിച്ചു പറയാണ് എന്നിട്ടോ സകലുവിവിധോ രക്ഷോപകൃതിപുരാ മൃത്യം പ്രാപ്തം അതാകലാം പണ്ടി ശ്രീരാമസ്വാമിയുടെ കാലത്ത് വാനരന്മാരുടെ ഇടയിൽ വിവിധൻ എന്ന് പറയുന്ന ഒരു വാനരൻ ഉണ്ടായിരുന്നു അയാൾ എന്തോ ചില ദോഷങ്ങൾ കൊണ്ട് വീണ്ടും ഒരു അസുരനായിട്ട് ജനിച്ച് നരകാസുരന്റെ സഹായിയെ തീർന്ന് അവൻ എന്തായിരിക്കുന്നു ഇവിടെ ബലരാമസ്വാമിയെ പരിഹസിക്കാൻ ഇടവന്നാണ് ആ ബലരാമസ്വാമി ചടിന് ഹന യുദ്ധ്യന്നദ്ധാപാതാഹത ആ വിവിധനെ കൈകൊണ്ടടിച്ച് കൊന്നുകൊണ്ട് ആ ബലരാമസ്വാമി വിവിധ ഭാരത്തിൽ നിന്നും ഭൂമിയെ വൃന്ദാവനത്തെ രക്ഷിച്ചു വന്നു സാമ്പം കൗരവ്യപുത്രീ ഹരണ നിയമിതം സ്വാന്തനാർത്തിയോഷാദിനോയാമാസ രാമാ ഭഗവാന് ജാമ്പവതിയിലുണ്ടായ പുത്രനായിരുന്നു സാമ്പൻ ഈ സാമ്പനൊരിക്കല് ദുര്യോധനന്റെ പുത്രിയായിരുന്നു ലക്ഷ്മണ അവളെ പോയി ബലാൽക്കാരേട് പിടിച്ചുകൊണ്ടുവരാൻ പോയി അവിടെ ചെന്ന് ലക്ഷ്മണയെ പിടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് ദുര്യോധനന്റെ ആളുകൾ ഹസനപുരിയിൽ സാമ്പനെ പിടിച്ച് ജയിലിൽ അടച്ചു നോക്കണേ അതൊക്കെ കേസുകൾ തട്ടിപ്പ് കേസുകളാണ് ഭഗവാന്റെ മക്കളൊക്കെ ഉണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണുങ്ങളെ കൊണ്ടുവരലും പിടിക്കലുമായിട്ട് ആകെ അപകടമാണ് ഇതിലെ കേസുകളൊക്കെ ഭഗവാന്റെ അതേ സ്വഭാവം നിലനിർത്തി ആര് മക്കളൊക്കെ അങ്ങനെ അല്ലെങ്കിൽ മറ്റൊരാളുടെ വീട്ടിൽ പോയിട്ട് അതിന്റെ മകളെ പിടിച്ചുകൊണ്ടെന്ന് ആർക്കെ ഇഷ്ടപ്പെടും ദുര്യോധനം പിടിച്ച് ജയിലിൽ അടച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ നാരദ വർഷം ഈ വിവരം പറഞ്ഞു ഒരാൾ ജയിലിലാണെന്നും മറ്റൊരാൾ വേറൊരാളുടെ ജയിലായിരുന്നു ഭഗവാൻ ഇതിലൊന്നും ടെൻഷനില്ല കാരണം ജനിച്ചതേ ില്ല ഇനിയിതിലെ പുറത്തുണ്ട് ഇനിപ്പോ അതിൽ ടെൻഷനൊന്നും എടുക്കേണ്ട കാര്യമില്ല ഭഗവാൻ വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്തു ബലരാമസ്വാമി പറഞ്ഞു കൃഷ്ണ ഇങ്ങനെയായി ശരിയാവില്ല ഭഗവാൻ ഉടനെ തന്നെ സൈന്യങ്ങളോടൊക്കെ പുറത്ത് തയ്യാറാവും ബലരാമസ്വാമി വേണ്ട കൃഷ്ണൻ പോകണ്ട ഞാൻ പോയാൽ മതി എന്റെ ശിഷ്യനാ ഞാൻ പറഞ്ഞാൽ ശരിക്കുന്നു അവിടെ ചെന്നു ബലരാമസ്വാമി സാമനെ കൊണ്ടുവരാൻ ആ ബലരാമസ്വാമിയെ അങ്ങേറ്റ് അപമാനിച്ചോണ്ട് ദുര്യോധനൻ പറയണ യാദവന്മാരെ എന്ന് ഞങ്ങളുടെയൊക്കെ കാലിലിടുന്ന ചെരുപ്പാണ് ആ ചെരുപ്പിപ്പൊ തലയിൽ കയറി നിൽക്കണമെന്ന് ബലരാമസ്വാമി ഗുരുവാണ് എന്നിട്ടാ ബലരാമസ്വാമിയൊക്കെ കണക്കാക്കിയത് ചെരുപ്പിന് തന്നും ചെരുപ്പുണ്ടെന്ന് അർത്ഥം അപ്പൊ അങ്ങനെ ചെരുപ്പിനെ ദുര്യമാക്കി ബലരാമസ്വാമി വെച്ച കോപം കൊണ്ട് കണ്ടുചതുന്നു എടുത്തൊരു സാധനം ഏത് കലപ്പ എടുത്തൊരു വലി ഹസ്തിരപുരം മുഴുവനും ഇളക്കിയെന്നാണ് ഇവിടെ ദുര്യോധന കാൽക്കൽ വീണ്ടു പറഞ്ഞു ഒരു പെണ്ണല്ല ഒന്നിലധികം തരാമെന്ന് കുഴപ്പമാക്കരുതെന്ന് അങ്ങനെ സാമനെ കൂട്ടിക്കൊണ്ടുവന്നു ഏതായാലും കൌരവരെ കൊല്ലണ്ടാ നിശ്ചയിച്ചു കാരണം ഇത് പാണ്ഡവരുടെ ജോലിയാണ് എന്ന് നിശ്ചയിച്ചുകൊണ്ട് പറയുന്നത് തംകാം ദുർബോധലീനം അറിയാം ഇതെല്ലാം പാണ്ഡവീരീതി യഥനാം ഇത് പാണ്ഡവരുടെ ജോലിയാണ് യതുക്കളുടെ ജോലിയല്ല എന്ന് നിശ്ചയിച്ചിട്ട് ഭഗവാൻ അവിടെ നിന്ന് എന്നാണ് ഇപ്പ പ്രകാരം പൌണ്ടൃകവാസുദേവ കഥയാണ് ഈ കഥകളൊക്കെ നിങ്ങൾ വായിക്കുമ്പം പൊതുവിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കഥ ഇവര് ശ്രീകൃഷ്ണൻ ഭഗവാനിലേക്ക് തിരിഞ്ഞു പരിഹസിച്ചുകൊണ്ടോ പല വിധത്തിലോ ഭഗവാനിലേക്ക് ചേർന്ന് ഇവരൊക്കെ സായുജ്യം പ്രാപിച്ചു എന്നാണ് ഇത്തരത്തിലുള്ള സായുജ്യത്തെയാണ് പൊതുവെ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്ന രണ്ടുതരം സായുജ്യമുണ്ട് ഒന്ന് പരിപൂർണമായ ലയം അതാണ് നമ്മുടെ ആചാര്യന്മാർ നിർവാണം എന്ന് പറയുന്നത് നിർവണം നിർവ്വാണം എന്ന് മനസ്സ് പൂർണ്ണമായി ഭഗവാനിലേക്ക് ലയിക്കുന്നതാണ് മറ്റത് ഭഗവാന്റെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് മരിക്കുന്നത് അതെല്ലാം നിർവാണമായിട്ട് കണക്കാക്കിയിട്ടില്ല അവരെല്ലാം വീണ്ടും എന്ത് ചെയ്യണം തിരിച്ചു വരേണ്ടതായിട്ടുണ്ട് ദൈവീക സംസ്കാരത്തോടുകൂടി തിരിച്ചു അതുകൊണ്ട് അത്തരത്തിലുള്ളതിനെ പറയാ സായുജ്യം എന്നാണ് സായുജ്യം രൂപത്തെ കണ്ടുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുക അപ്പോഴും മനസ്സെവിടെയുണ്ട് ഏതോ ഒരു രൂപത്തിൽ നിൽക്കുന്നുണ്ട് എന്നാൽ എല്ലാ രൂപത്തിൽ നിന്നും വിട്ട് മനസ്സ് അതിന്റെ ഉറവിടമായ ചൈതന്യത്തില് നിശേഷം ലയിക്കുന്നതിനെയാണ് ബ്രഹ്മനിർവാണം എന്ന് പറയുന്നത് ഗീതയിൽ ഭഗവാൻ അവസാനം രണ്ടാമധ്യത്തിൽ പറയുന്നതാണ് സ്ഥിതിവാസ്യാമന്തകാലേബി ബ്രഹ്മനിർവാണ മൃച്ചതി അതിനെ പറയാ ബ്രഹ്മനിർവാണം എന്നാണ് ഇപ്പൊ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് ശരിക്കും കൈവരിക്കേണ്ടത് ബ്രഹ്മ നിറമാണ് സായുജ്യം തെറ്റില്ല കാരണം അയാളുടെ മനസ്സിലൊരു സംസ്കാരമുണ്ടാവും പക്ഷെ സായുജ്യം അനുഭവിച്ചാലും വീണ്ടും അയാൾക്ക് പുനരാവർത്തി വീണ്ടും എന്ത് വേണം ഇവിടെ ജനിക്കണം സ്വർഗയിൽ സ്വർഗത്തിൽ പോയാൽ പോലും സ്വർഗം ഒരു ശാശ്വതമായ സ്ഥലമല്ലോ ക്ഷീണേയെ പുണ്യെ മത്യലോകം വിശന്തി പുണ്യം ക്ഷീണിച്ചു കഴിഞ്ഞാൽ വീണ്ടും എവിടെ വരണം അതാണ് ഗീതയിൽ പറയുന്നത് ആചാര്യന്മാർ തമാശയിട്ട് കഥ പറയും സപ്പോസ് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി ഇവിടുന്ന് പോയി നീരിക്ക കൊടൈക്കനാൽ അവസാനം കൊട വാങ്ങിക്കാനുള്ള കാശുപോലും ഇല്ലെങ്കിൽ ആ കനാലിൽ നിന്ന് എവിടത്തും കൊടൈക്കനാലിൽ നിന്ന് കനാലിൽ നിന്ന് ഇവിടുത്തെ കനാലിലെത്തണം അപ്പം എത്ര കാലം അവിടെ താമസിക്കും ക്ഷീണയെ പുണ്യ കയ്യിലുള്ള പുണ്യം ക്ഷീണിക്കുന്നതിന് കഴിഞ്ഞുകഴിഞ്ഞാൽ തിരിച്ച പാട്ടി ബി ടി എം ലേ ഔട്ടിൽ തന്നെ കാരണം എവിടെയെങ്കിലും ഒന്ന് എത്തണമല്ലോ അങ്ങനെയാണത് അപ്പൊ ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് ഒരു പോക്ക് പോവും ഫൈവ് സ്റ്റാർ ശരിക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോവും നാല് ദിവസം കഴിയുമ്പോഴേക്കും സ്റ്റാർ എണ്ണാൻ തുടങ്ങവർ പിന്നെ ഫൈവ് സ്റ്റാർ എന്ന് എഴുതി ഹോട്ടലിൽ പോവർ പിന്നെ അവിടെ നിന്ന് മനസ്സിലാക്കും ഇനിയും അവിടെ നിന്ന് കഴിഞ്ഞാൽ സ്റ്റാർ മാത്രമല്ല എണ് സ്റ്റാറാവുമെന്ന് അവിടുന്ന് വേഗം സ്ഥലപ്പെട്ട് പിന്നെ ലേ ഔട്ടിൽ തന്നെ ജീവിതം എത്തിക്കും ഇങ്ങനെയാണ് മനുഷ്യജീവിതം അപ്പം ഇതുപോലെയാണ് സ്വർഗത്തിൽ പോലും എന്തെല്ലാം സുഹൃതം ചെയ്താലും ആ സുഹൃതങ്ങളൊക്കെ കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു ഇതുപോലെയാണ് സായുജ്യവും അപ്പം ഇനിയൊരു ജന്മം നമുക്ക് വേണ്ടത് സായുജ്യമാണ് ചിലർ ഇങ്ങനെയൊക്കെ വിചാരിക്കേ എളുപ്പപ്പണി എന്ന് വെച്ചാൽ ഭഗവാനിങ്ങനെ എതിർത്താലും സാഹിത്യം കിട്ടില്ല പിന്നെ ഇതിന്റെ വെറുതെ എന്താണ് ധ്യാനമൊക്കെ അഭ്യസിക്കുന്നത് നമുക്ക് ശരിക്കും വേണ്ടത് സായുജ്യമല്ല വേണ്ടത് ഏതാ വേണ്ടത് ബ്രഹ്മനിർവ്വൃതി നമുക്ക് കൈവരിക്കേണ്ടത് ബ്രഹ്മനിർവ്വാണം തന്നെയാണ് ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞാൽ ശരീരം ബ്രഹ്മനിർവാണം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം വന്നിടത്തേക്ക് ശരീരം ലയിക്കുന്നതിനെയാണ് ശരീരത്തിന്റെ ബ്രഹ്മനിർമ്മാണം അപ്പൊ മനസ്സിന്റെ ബ്രഹ്മനിർവാണോ മനസ്സെവിടെ നിന്നാണോ ഉത്ഭവിച്ചിരിക്കുന്നത് അവിടേക്ക് മനസ്സ് ചെന്ന് ചേരണം അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം മനസ്സെവിടെന്നാ വന്നിരിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിൽ നിന്നാണ് മനസ്സ് വന്നതെങ്കിൽ അതിലേക്ക് തന്നെ മനസ്സ് പൂർണ്ണമായി ലയിക്കുന്നതാണ് പൂർണ്ണമത പൂർണ്ണമിതം ഇപ്രകാരം ആ കഥകളൊക്കെ പറഞ്ഞപ്പോൾ സമർപ്പിച്ചു ഇനി എൺപത്തിനാലാമത്തെ ദശകത്തിലാണ് സമന്ത പഞ്ചക തീർത്ഥയാത്ര അതെന്താണ് ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രിയന്മാരെ വധിച്ച് അവർക്ക് വേണ്ടുന്ന പ്രായച്ചിട്ട ചെയ്ത സ്ഥലമാണ് പരശുരാമസ്വാമി ചെയ്ത തീർത്ഥസ്ഥലത്തിന്റെ പേരാണ് സമന്തപഞ്ചകം ഇത് ഗുജറാത്തിൽ നിങ്ങൾ സോമനാഥ ക്ഷേത്രം കേട്ടിട്ടുണ്ടാവുമല്ലോ അതിനടുത്താണ് പ്രഭാസ് എന്ന് പറയുന്ന സ്ഥലം അതിനടുത്തുള്ള ഒരു സ്ഥലമാണ് സമന്ത പഞ്ചകസ് അവിടെ അവിടെ ഒരു പൂർണ്ണ സൂര്യഗ്രഹണ നാളിൽ ഭഗവാൻ എല്ലാവരും അവിടെ വന്നിട്ട് സൽക്കർമ്മങ്ങളിലും സൽ വിചാരങ്ങളിലും പങ്കുചേരാൻ പറയുന്നത് അവിടെ നടന്ന കഥകളാണ് ഇനി ഇവിടെ പറയുന്നത് സമുഗരോ ശ്രീ സമന്ത പഞ്ചകാക്യം അങ്ങനെ കൊചിത് ഒരിക്കല് തപനോപരാഗകാലെ എന്ന് വെച്ചാൽ സമ്പൂർണമായ സൂര്യഗ്രഹണം വന്ന ഒരു കാലത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പുരി നെറുതാൽ കൃതവർമ്മ കാമസോനു ഭഗവാൻ ദ്വാരകയെ അതുപോലെ തന്നെ അനിരുദ്ധനെയും മറ്റും ഏൽപ്പിച്ചുകൊണ്ട് യതുകുല മഹിളാവ്രതസ്തുതീർത്ഥം യതുകുലത്തിലുള്ള എല്ലാവരോടും കൂടി ചേർന്ന് എവിടേക്ക് വന്നു സമന്ത പഞ്ചക തീർത്ഥം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു എന്നിട്ടോ ബഹുദന ജനതാ ഹിതായ തൻമജ്ജിത്ത സമമിളതാ കുരു പാണ്ഡവാദിമിത്ര അങ്ങനെ ഭഗവാൻ അവിടെ വെച്ചിട്ട് ബഹുദന ജനതാഭിഹിതായ നോക്കണേ വളരെ ശ്രദ്ധിക്കണം എല്ലാ തരത്തിലുള്ള ജനങ്ങളുടെ ഹിതത്തിന് വേണ്ടിയിട്ട് വിനിമജ ഭഗവാൻ കുളിക്കേണ്ട ആവശ്യമില്ല അപ്പോ നമ്മുടെ താഴത്തെ പടിയിൽ നിന്ന് തുടങ്ങേണ്ട ആളുകൾക്കും ഭഗവാൻ വഴി കാണിച്ചു കൊടുക്കണം അല്ലേ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ പിതൃകർമ്മങ്ങൾ ഇതെല്ലാം ചെയ്യണം അവർ അതൊക്കെ ചെയ്തിട്ട് വേണം അതിൽ നിന്ന് ക്രമേണ ക്രമേണ പുറത്തു ഇപ്രകാരം ഭഗവാൻ തന്നെ അവരുടെ കൂടെ തീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും അവരെ എല്ലാവരും കൂടി ചേർന്ന് അവിടെ ഒരു വലിയൊരാഘോഷം തന്നെയായി തീർന്നു എന്നിട്ടോ തവകലു സമേത അവർ കുറച്ചു ദിവസം അവിടെ താമസിക്കുന്നുണ്ട് ഭഗവാൻ ആ സമയത്ത് ഭഗവാൻ ഓരോ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ ഒരുപാടുണ്ട് ഭഗവാന്റെ പതിനാറായിരത്തെട്ട് പക്നിമാരൊക്കെ ആ സമയത്ത് പാഞ്ചാലി അവരോട് ചോദിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് ഭഗവാൻ നിങ്ങൾ വിവാഹം കഴിച്ചതെന്ന് ദ്രുപത സുതാത്ത പാഞ്ചാലി ഭഗവാനിൽ തന്നെ മനസ്സ് വെച്ചിരിക്കുന്ന പാഞ്ചാലി അവരോടൊക്കെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഭഗവാനെ വിവാഹം കഴിച്ചതെന്ന് ചോദിച്ചപ്പോ അവരതിന് ഉത്തരം പറഞ്ഞു പോകുന്നതാണ് നിരീക്ഷഗോ ചിരത പശുപമോ അങ്ങനെ ഭഗവാൻ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നീട് അവിടെ വന്നു ചേർന്നവരായിരുന്നു ഗോപന്മാരും ഗോപികമാരും പതിനാല് വയസ്സിൽ ഭഗവാൻ വൃന്ദാവനം വിട്ടതിന് ശേഷം പിന്നീട് ഭഗവാൻ ഗോപന്മാരെയും ഗോപികമാരെയും യശോദാദേവി നന്ദഗോപരി ഒക്കെ കാണുന്നത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവിടെ സമന്തപഞ്ചതിരുത്വത്തിൽ വെച്ചിട്ട് അവരെ കണ്ടതും ഭഗവാൻ ഗോപാൻ നിരീക്ഷ അതു കുല്ലൂഹലാൽ ഭഗവാൻ വളരെ ഉത്സാഹമായി ഭഗവാൻ അവരുടെ അടുത്തൊക്കെ ചെന്നിട്ട് ഭഗവാൻ അവരൊക്കെ സന്തോഷിപ്പിച്ചിട്ട് പിന്നീട് ഭഗവാൻ തിരതര വിരഹാതുരാങ്കരേഖാ പശുപതു ഭഗവാനെ കുറെ കാലമായി പെട്ടതിന്റെ ആ വേദനയിലിരിക്കുന്ന ഗോപികമാരെ അടുത്ത് എന്നിട്ട് അവരോട് ഭഗവാൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഇനി പറയുന്നത് സവതിജവതീക്ഷണോത്സവേന പ്രമുഷിതം നിതീക്ഷണോത്സവേന ഭഗവാനെ കണ്ടതിന്റെ സന്തോഷം കൊണ്ട് തന്നെ ആ ഗോപിയന്മാരുടെ മുനക്കച്ചകളൊക്കെ അഴിഞ്ഞുപോയി അത്രമാത്ര സന്തോഷം ഇപ്പൊ അവർക്കൊക്കെ വയസ്സ് എൺപതായിട്ടുണ്ടേ ആ കാലഘട്ടത്തിലാണ് ഭഗവാൻ രണ്ടാമത് കാണുന്നത് ഏതായാലും ഭഗവാൻ അവർക്ക് ഗാഠമായി ആലിംഗനം ചെയ്തിട്ട് അവരൊക്കെ സന്തോഷിപ്പിച്ചു എന്നാ പറയുന്നത് പരിചയഹൃതി തരെ അവരൊക്കെ നല്ലവണ്ണം ഭഗവാൻ ആലിംഗനം ചെയ്ത് സന്തോഷിപ്പിച്ചു എന്നിട്ടോ വിഭുജനകലഹേ പുനർമേയ വിളംബനാപൂൽ ൂ ഗോപികമാരെ ഇത്രയും കാലം ഞാൻ വരാത്തതിന് കാരണം എന്താ നിങ്ങൾക്ക് തന്നെ അറിയില്ലേ എനിക്ക് ഒരുപാട് ഒരുപാട് യുദ്ധങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു വിഭുജന കലഹെ എത്ര യുദ്ധങ്ങൾ ചെയ്തു അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളടുത്ത് വരാതിരുന്നത് മനഃപൂർവ്വമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് രാധിക അതിവിക്വച രാധികയോട് ഇതൊക്കെ പട്ടുതിരിപാട് കുറെ ഭാഗവതത്തിൽ ഇല്ലാത്തതാണ് കാരണം അദ്ദേഹത്തിന് ഈ ഗീതാഗോവിദത്തിന് സ്വാധീനമായിരിക്കാം അദ്ദേഹത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണന് രാധയെ കണ്ടപ്പോ ഒരു പ്രത്യേക പരവശത വന്ന് രാധഗീയത എത്തുപോയി എന്നിട്ടോ അഭഗതവിരഹാസാ രഹസിമാ ഗോപിയമാരെ ഭഗവാൻ ആലിംഗനം ചെയ്ത് അവരൊക്കെ ഉപദേശിച്ചുകൊണ്ട് അവരോട് പറയാണ് നോക്കൂ ഇനി ഞാൻ എന്നും നിങ്ങളുടെ അന്തരാത്മാവായി കൂടെയുണ്ടാവും അപ്പൊ അവർക്കും അത് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അവര് ഭഗവാനോട് പറയാണ് ഞങ്ങളുടെ ചിത്തത്തിൽ അങ്ങയുടെ പാദം വ്യക്തമായി കാണാൻ ഞങ്ങൾക്ക് സാധിക്കണം എന്ന് അവർ ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്നാണ് അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായിട്ട് അവർ പറയും ഭഗവാനോട് പറയാണ് ഭഗവാനെ നളിനനാവേ നളിനനാവേ പദാംകുജം അവിടുത്തെ ആ പാദങ്ങളുണ്ടല്ലോ ഞങ്ങളുടെ ചിത്തത്തിൽ നല്ലവണ്ണം പ്രകാശിക്കണം കാരണം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സംസാരകോപതിതോത്തരണാവലംബം സാധാരണ യോഗീശ്വരന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഹൃദയത്തിൽ ഈശ്വരരെ കാണാൻ പ്രയാസമില്ല കാരണം അവർക്ക് പ്രാരബ്ധങ്ങളില്ല ഭാര്യ മക്കൾ കുടുംബം സമ്പത്ത് ഇതൊന്നും ചിന്തിക്കേണ്ട പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളെല്ലാം സംസാരകോപതിതം സംസാരമാകുന്ന കൂപത്തിൽ പതിച്ചവരാണ് പക്ഷെ ഞങ്ങൾക്കൊന്നറിയാം ഏക അവലംബനം തൊമേവ ഞങ്ങൾക്കൊരേ ഒരു പിടിവെള്ളിയുള്ളത് അവിടുന്ന് മാത്രമാണ് അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ ഉദിയാൽ സദാന്ന എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ അങ്ങ് കൂടെയുണ്ട് എന്ന ബോധം ഉദിക്കണം അത് ഞങ്ങളെ അനുഗ്രഹിക്കൂ എന്ന് ഇപ്രകാരം ഭഗവാൻ കൂടെയുണ്ടെന്ന ബോധം ഉറപ്പിച്ചു കിട്ടാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചവരാണ് അര് ഗോപികമാര് ഇപ്രകാരം അവരനുഗ്രഹിച്ചു എന്നിട്ടോ സുഗരസപരിയോഗ സമഭവതമുരം പണ്ട് ഉദ്ധവോപദേശം കൊണ്ട് തന്നെ സുഖം അവർക്ക് കിട്ടുകയുണ്ടായിരുന്നു ഇപ്പോഴിതാ ഭഗവാന്റെ ആ ഒരു ഉപദേശം കൂടിയായപ്പോ പവൽ വിചിന്ത്യ സുഖൈക്യമയി ഭഗവാൻ കൂടെയുണ്ട് ആത്മാവാണെന്ന ബോധം ഗോപികമാരിൽ ഉറച്ചു കിട്ടി എന്ന് പറയുകയാണ് ഇപ്രകാരം ഭഗവാൻ അനുഗ്രഹിച്ചു എന്നിട്ടോ മുനിവരനിവൈപിത്ര ദുരിതശമായ ശുഭാനി വൃച്ച അവിടെ സമർദ്ദതീർത്ഥത്തിൽ ഒരുപാട് മഹാത്മാക്കള് ജീവിച്ചിരുന്ന ഗണ്യരായിട്ടുള്ള സന്യാസിവര്യന്മാര് വന്നിരുന്നു അപ്പൊ അവരൊക്കെ കൃഷ്ണനെ നമസ്കരിക്കുന്നത് കണ്ടപ്പോ വസുദേവർക്കും ഒരു മോഹം കൃഷ്ണനെ നമസ്കരിക്കണമെന്ന് അതിനു മുമ്പായിട്ട് നാരദനോട് ചോദിക്കുകയാണ് നോക്കൂ എനിക്ക് കൃഷ്ണൻ പുത്രനായി ജനിച്ചിട്ടും എനിക്കൊരു ആത്മീയ പുരോഗതി ഉണ്ടായിട്ടില്ലല്ലോ എന്റെ ജീവിതത്തിൽ ഞാൻ കുറെ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ആറുകുട്ടികൾ മരിച്ചില്ലേ കൊണ്ടുകൊടുത്തില്ലേ കൊസുദേവര് ആർക്ക് കംസന് കൊണ്ടുകൊടുത്ത് ഇത്തരത്തിലുള്ള പാപങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ അതിനൊക്കെ എനിക്കൊരു ശിക്ഷ ഉണ്ടാവില്ലേ മുക്തനാവാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അവർക്ക് വളരെ തമാശ തോന്നി നോക്കണേ ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛൻ ഞങ്ങളോടാണ് ശാന്തിക്ക് വഴി ചോദിക്കണത് എന്താ ചെയ്യ അവര് പറയാണ് ഗംഗ വിട്ടുകൊണ്ടൊരാൾ പമ്പയിൽ പോയി കുളിക്കുന്ന പോലെയാണത് അതായത് ഗംഗയുടെ തീരത്തിരിക്കുന്ന ഒരാൾ പറയാണ് ഞാൻ പമ്പയിൽ കുളിച്ചിട്ട് വരാം പാപം തീർക്കാൻ എന്ന് എന്തായാലോട് പറയാ ഏതായാലും ഇദ്ദേഹത്തിന് കുറെ യജ്ഞങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് യാജിതസ്ഥദാസോ യജ്ഞങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് അവരെ സമാധാനിപ്പിച്ചു എന്നിട്ടോയേ പ്രമോദിതമിത്രജനേ സഹൈവോ ഇപ്രകാരം സൂചനങ്ങളൊക്കെ സൽക്കരിച്ചുകൊണ്ട് സന്തുഷ്ടരാക്കിക്കൊണ്ട് ആ മഹായാഗം നടത്തി ആ നന്ദാദിഗോപന്മാര് പിന്നീട് അവിടെ മൂന്ന് മാസക്കാലം അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് മൂന്ന് മാസം താമസിച്ച് പിന്നീട് അവര് തിരിച്ച് വൃന്ദാവനത്തിലേക്ക് പോയി എന്നിട്ടോ നിരീക്ഷീതാംയ പുരം പ്രയാത പവനപുരേശ്വര പാഹിമാട്ടേരിപ്പാട് അവിടെ രാധയെന്ന് പിടിച്ചുകൊണ്ടുപോന്നു പറയാണ് ആ പോകുന്ന സമയത്ത് യാദവന്മാര് പോകുന്ന സമയത്ത് ഗോപന്മാര് പോകുന്ന സമയത്ത് പ്രിയായാ രാധ ഭഗവാൻ ഉടനെ തന്നെ രാധയുടെ അടുത്തെത്തി രാധയ്ക്ക് വലിയ സങ്കടം ഭഗവാനിനെ വിട്ടുപിരിയല്ലേ ഭഗവാൻ അവിടെ ചെന്ന് വീത കേതാം അവളുടെ ദുഃഖമൊക്കെ അകറ്റിക്കൊണ്ട് അപ്രകാരം അവിടെയൊക്കെ സന്തോഷിപ്പിച്ച ഗുരുവായപ്പ എന്നെയും രോഗങ്ങളെ അകറ്റി സന്തോഷിപ്പിക്കണമേ എന്ന് പറയുകയാണ് ഇതാണ് സമന്ത പഞ്ചക തീർത്ഥം ഈ കഥ ഭാഗവതത്തിൽ പറയുന്നത് സത്സംഗത്തിന്റെ മഹത്വം പറയാനാണ് അവിടെ ഭഗവാൻ പറയും മഹാത്മാക്കളോട് പറയും ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മൾ എന്തിനാണ് ഈ ശരീരത്തെ ഉപയോഗിക്കേണ്ടത് ആളുകൾ പറയാണ് ഈ ശരീരത്തെ കിട്ടുന്നത് കേവലം ഭോഗത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അവൻ ഒരു കഴുതയ്ക്ക് തുല്യമാണെന്നാണ് ഭഗവാൻ അവിടെ പറയുന്നത് അപ്പൊ നമുക്ക് വലിയൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മളതിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യജന്മം കൊണ്ട് കാര്യമെന്ന് പറയാണ് അപ്പൊ ഭഗവാൻ പറയാണ് പറയാണ് ആരാണോ നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് സ്വതക്കളത്രാതിശുഭവുമൈചരി ീ ശരീരം ഭാര്യ മക്കൾ കുടുംബം സ്വത്ത് ഇതിനുവേണ്ടി മാത്രം ചെലവഴിക്കുന്നത് എ തീർത്ഥ സലിനേ നഗർക്കിതിൽ ജനേശ വിജ്ഞേഷു സയവ ഗോകര അമ്പലത്തിലൊക്കെ പോവും ആള് കുറെ അതുപോലെ തന്നെ പൂജാതികളൊക്കെ ചെയ്യും പക്ഷേ സത്സംഗത്തിന് പോവുന്നില്ലെങ്കിൽ അവൻ ഗോകരമാണെന്ന് വിളിച്ചോളണം അവനേത് ഗോകരം എന്ന് പറഞ്ഞാൽ കഴുകാനർത്ഥം പകരം സത്സംഗങ്ങൾക്ക് പോവാത്തൊരു വ്യക്തി കൃഷ്ണൻ കണക്കാക്കിയിരിക്കുന്നത് കഴുതയ്ക്ക് തുല്യമാണെന്നാണ് ഭാഗവതമൊക്കെ വായിച്ചാലല്ലോ നിങ്ങൾക്കതിന്റെ ഒരു വലിയൊരു മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും എന്താ അങ്ങനെ പറയാൻ കാരണം കാരണം ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ടുവീണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന ജീവാത്മാവിനെ ഭഗവത് നാമസ്മരണ കൊണ്ട് എന്താക്കി മാറ്റാൻ പരമാത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് തന്നെയാണ് ഗുരുവായൂരപ്പനെന്ന ബോധം ഉറപ്പിക്കാൻ ഏത് ശരീരത്തെ ഉപയോഗിച്ചോളാം ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടു കാരണം ശരീരം എപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെടുക എന്നറിയില്ല മനസ്സിലായി അതിന്റെ സാധ്യതകൾ അനന്തമാണ് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഉയർത്താൻ ശക്തി ഏതിനുണ്ട് ശരീരത്തിനുണ്ട് എന്ന് അത് നമുക്ക് നഷ്ടപ്പെടുത്താനും സാധിക്കും നേടിയെടുക്കാനും സാധിക്കും ഒരിക്കലും രാജാവിന്റെ കൊട്ടാരത്തിൽ വലിയ പണ്ഡിതന്മാരെ വിളിച്ചൊരു സഭ നടത്തി രാജാവ് ഇതിൽ രാജാവ് എല്ലാവർക്കും വില ഷാളുകൾ കൊടുത്തു എല്ലാവർക്കും അപ്പൊ അതിലൊരു പണ്ഡിതനുണ്ടല്ലോ അദ്ദേഹത്തിന് ജലദോഷമായിട്ടാണ് വന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ജലദോഷം വന്നാൽ വില കൂടിയ ഷാളില് ഇങ്ങനെ മൂക്ക് തുടക്കുന്നത് കണ്ടപ്പോ രാജാവ് വലിയ വിഷമം എത്ര നിലപിടിച്ച സാധനത്തിലായാലും ചെയ്യുന്നത് രാജാവ് പറഞ്ഞു ആരവിടെ ആ പണ്ഡിതരെ വിളിക്കൂ പണ്ഡിതരെ വിളിച്ചു ആ അണിഞ്ഞിരിക്കുന്ന സാധനത്തിന്റെ വില എത്രയാണെന്ന് ഓ അറിയാനോ പറഞ്ഞു ഇത് പിന്നെ എന്തിനാ അങ്ങനെ മൂക്ക് തുടക്കാനാണെന്ന് വേറെ ഞാൻ തുളിയിരല്ലിരുന്നോ രാജാവിനോട് കലി വന്നു ഉടനെ തന്നെ അയാൾ തിരിച്ചടിക്കുകയാണ് എനിക്ക് ആതിനും വില കൂടിയൊരു തുണി ഭഗവാൻ തന്നിട്ടുണ്ട് അതിനും സാധനം ആ സാധനം ഭഗവാൻ എന്നെ കണ്ടുകഴിഞ്ഞാൽ നീ എന്തിനാ ഇതുവരെ ഉപയോഗിച്ചു ചോദിച്ചാൽ ഞാൻ എന്താ ഉത്തരം പറയാ രാജാവ് അതായത് ഈ ശരീരവും ഒരു വിലപിടിച്ച സാധനമാണ് പക്ഷേ അത് ഭഗവാൻ വഴിയിൽ വെച്ച് കാണുകയാണ് ഇത്രയും കാലം നീ എന്തിനാ അത് ഉപയോഗിച്ചതെന്ന് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ ഭഗവാനെ ഞാൻ വീട് കെട്ടി കല്യാണം കഴിച്ചു കഷ്ടപ്പെട്ട് രണ്ട് മക്കളായി അവരെ വളർത്തിയെടുത്തു ഇതൊക്കെയാണ് ഭഗവാൻ നമ്മൾ പറയുന്നതെങ്കിൽ ഭഗവാൻ പറയൂ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ ശരീരം കൊണ്ട് ഇതേ ചെയ്തിട്ടുള്ളെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ ഒരു മൃഗത്തിനും സാധിക്കും അതിലൊന്നും നീ മനുഷ്യ ശരീരം എടുക്കണമെന്നില്ല മനുഷ്യ ശരീരം എടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിനെ ഉയർത്താനാണ് മനുഷ്യ ശരി മനുഷ്യനെന്നുള്ള വാക്ക് തന്നെ ആ പേര് തന്നെ നമുക്ക് തന്നത് മനസ്സിനെ ഉയർത്താൻ കഴിവുള്ളവെന്നാണ് അർത്ഥം എന്നിട്ട് നമ്മൾ ഈ ശരീരത്തെ അതിനുപയോഗിച്ചിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ് മഹതോ വിനഷ്ടി അതൊരു മഹത്തായ നഷ്ടമാണ് മനസ്സിനെ ഉയർത്താൻ എന്ത് വേണം സത്സംഗം വേണം ആ സത്സംഗത്തിന്റെ മഹത്വം പറയാനാണ് സമന്തപഞ്ച തീർത്ഥം എന്ന് പറഞ്ഞ കഥ പറഞ്ഞത് അപ്പൊ നോക്കൂ പണ്ട് കൃഷ്ണന്റെ കൂടെ വ്യക്തിയായ കൃഷ്ണനിൽ രമിച്ചു പിന്നീട് അവർക്ക് മനസ്സിലായി കൃഷ്ണൻ എന്നത് കേവലം ഒരു വ്യക്തിയല്ല ഈശ്വരനാണ് ഈശ്വര രൂപത്തിൽ ആരാധിച്ചു അവസാനം അവർ എത്തിച്ചേർന്നത് ആ കൃഷ്ണൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആത്മാവ് തന്നെയാണെന്നുള്ള ബോധത്തിലേക്കാണ് ഇങ്ങനെ നമുക്ക് പല സ്റ്റേജുകളിലൂടെയും പോകേണ്ടതുണ്ട് വിഗ്രഹാരാധനയിൽ തുടങ്ങുന്നവർ ആദ്യം ഈശ്വരനെ ഒരു രൂപത്തിലൊക്കെ കാണും പിന്നീട് നമ്മൾ ആ ഈശ്വരനെ ആരെ നമ്മളെ ഉയർത്താൻ വന്നിരിക്കുന്ന ഒരു ഗുരുവായി കണ്ട് ആരാധിക്കാൻ തുടങ്ങണം അത് കഴിഞ്ഞാൽ ഗുരുവും ആത്മാവും ഒന്നാണെന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ ഉയരണം എന്ന കഥകളൊക്കെ സൂക്ഷ്മമായി നമുക്ക് ഈ ഉപാഖ്യാനത്തിലൂടെ കാണാം ഇനി അടുത്തതാണ് ഭഗവാന്റെ രാജസൂയമെന്ന് പറയുന്ന ചടങ് അവിടെ വെച്ചിട്ടാണ് ഭഗവാൻ അതിനുവേണ്ടിയിട്ടാണ് ഭഗവാൻ ജരാസന്ദനെ വധിക്കുന്നതും രാജസൂയ വെച്ചിട്ടാണ് ഭഗവാൻ ശിശുപാലനെ വധിക്കുന്നതും ആ കഥകൾ വായിക്കുന്നു തോ മകതഭൂത ചിരനിരോധ സംക്ലേശിതം ശദാഷ്ടുധായുധി അനാഥശരണായ കമപി പൂരുഷം പൂരുഷം ബ്രാഹിണോ അയാജദാസമാഗതക്ഷവണമേവ അങ്ങനെ ഭഗവാൻ ദ്വാരയിലിരിക്കുന്നൊരു കാലം അവിടെ എത്തിച്ചേർന്ന ഒരു ദൂതൻ എവിടെ നിന്ന് ഒന്നാണ് മകധരാജാവായ ജരാസന്ദൻ അദ്ദേഹം ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രാജാക്കന്മാരെ എവിടുന്നാ അത്രയൊക്കെ വേണ്ടിയത് അയാളെ ജയിലിൽ അടച്ചിരിക്കണം അത്രേ എന്തിനു വേണ്ടിയിട്ടാണ് പൗർണമി ദിവസം വരെയൊക്കെ ശരിയാക്കാൻ അതും അങ്ങനെ ഉണ്ടാവാതിരിക്കാം അദ്ദേഹത്തിന്റെ മനസ്സിലൊരാഗ്രഹം ഏതായാലും ഇങ്ങനെയൊക്കെ രാജാക്കന്മാരെയൊക്കെ അയാൾ ജയിലിലാണ് അടച്ചിരിക്കുന്നു ഒരു ആള് വന്നിട്ട് ഭഗവാനോട് പറഞ്ഞു ഒന്നിവരക്കെന്ന് രക്ഷിക്കണം അവിടെ ഭഗവാൻ അത് കേട്ട ഉടനെ മറ്റൊന്നുകൂടി സംഭവിച്ചു അതെന്താണ് യുധിഷ്ഠിര മഹോദ്യമാതുപയകാര്യുലിരുദ്ധരേനോയു നിരമിയേദയോ ഭഗതരാജാവിനെ വധിക്കാൻ ഭഗവാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് നാരദമാക്ഷി അവിടെ എത്തിച്ചേരുന്നത് എന്തിനാണ് നാരദരെ വന്നിരിക്കുന്നത് യുധിഷ്ഠിര മഹോദ്യമം ഭഗവാനെ അവിടുന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ യുധിഷ്ഠിര മഹാരാജാവിന് അച്ഛന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് രാജസൂയയാഗം ചെയ്യുന്ന ഒരു മോഹമുണ്ട് അതുകൊണ്ട് അങ്ങ് അതിന് പുറപ്പെടണമെന്ന് ഉടനെ ഭഗവാൻ യതുക്കളോട് ചോദിച്ചു ഞാൻ യുധിഷ്ഠിരന്റെ യജ്ഞത്തിന് പോണോ അതോ ജരാസന്ധനെ കൊല്ലാൻ പോകണോ എല്ലാവരും പറഞ്ഞു ജരാസന്ദനെ കൊല്ലാൻ പോവാണ് ആദ്യം അതിൽ ഉദ്ധവന് പറഞ്ഞു അങ്ങ് ആദ്യം പോകേണ്ടത് യുധിഷ്ഠിരന്റെ രാജസൂയത്തിന് പോകണം അതെന്താ കാര്യം ഉപയോഗം സിദ്ധിക്കുന്നു അതെങ്ങനെയാണത് യുധിഷ്ഠിരന്റെ രാജകാര്യത്തിന് പോയി കഴിഞ്ഞാൽ ആദ്യം രാജസൂയ നടത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ദിഗ്വിജയം നടത്തണം അശ്വത്തെ അയക്കണം എല്ലാ രാജാക്കന്മാരും ആ കുതിരയെ അംഗീകരിക്കണം എന്നിട്ട് രാജസൂയെ യാഗം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ദിഗ്വിജയത്തിന് കുതിര രാജാവ് ഒരിക്കലും ആ കുതിരയെ അതിലേക്ക് കടന്നുപോകാൻ സമ്മതിക്കില്ല അപ്പൊ പിന്നെയാണ് തോൽപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് മഗതയിലെ രാജാവിനെയും തോൽപ്പിക്കാം രാജസൂയവും നടത്താം ഇപ്രകാരം പറഞ്ഞപ്പോ ഭഗവാൻ വളരെ ആദരിച്ചു ആ വലിയ മനസ്സായിരിക്കുന്ന ഉദ്ധവരെ എന്ന് പറയുന്നത് എന്നിട്ടോ അശേഷതായു ശ്രീയം നിരുപമാം സമീപാർജുനം അങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് യുധീഷ്വര മഹാരാജാവ് ഓരോ രാജ്യങ്ങളും കീഴടക്കി അദ്ദേഹത്തിന്റെ അധീരതയിൽ കൊണ്ടുവന്ന് അങ്ങനെ ഇരിക്കെ ഇവൻ മാത്രം സമ്മതിച്ചില്ല ആര് മകധരാജാവ് ആ മകധരാജാവിനെ തോൽപ്പിക്കാനായിട്ട് ഭഗവാൻ ഭീമസേനയനെയും അർജുനനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ് അവന്റെ രാജ്യത്തിലേക്ക് കിടക്കുന്നു ഗിരിവ്രജപുരംസവം അപൂർണ സുഗതം തമം പവനജേന സങ്കരാമയൻ നിരീക്ഷ സഹരിഷ്ണുനാത്തമ വിരാജയുദ്ധാസ്തി ആ ജരാസന്ധനെ ഭഗവാന്റെ കൈകൊണ്ട് ഭരിക്കാനൊരു യോഗമില്ലാത്തതുകൊണ്ട് ആ ഭഗവാൻ അവിടെ ബ്രാഹ്മണ രൂപത്തിൽ നിജമിഷേണ ഗിരിജബ്രജപുരം ഗത ബ്രാഹ്മണ വേഷം കെട്ടിക്കൊണ്ട് മൂന്ന് പേരും അങ്ങോട്ട് പോയി എന്നിട്ടോ അപൂർണ്ണ സുഗൃതം അപ്പും അങ്ങേടെ കൈകൊണ്ട് ഭരിക്കാനുള്ള സുഗതമില്ലാത്തവനെ പവനജയന സംഗ്രാമയൻ ഭീമസേനനെ കൊണ്ട് യുദ്ധത്തിൽ പോർവിളിച്ചു ഭഗവാനോ ജിഷ്ണുനാ സഹ രാജയുദ്ധ നിരീക്ഷയ ഇവരുടെ യുദ്ധത്തെ ഭഗവാനും അച്ഛുരനും നോക്കി നിന്നു എന്നിട്ടോ അശാന്ത സമരോദ്ധതം വിടപവാടനാസപ്തയാ ം ഭീമന് വലിയൊരു അഹന്ത ഉണ്ടായിരുന്നു എന്നെപ്പോലെ ആർക്കും ഗതായുധത്തിൽ ശക്തിയില്ല ജരാസന്ദരൊന്നും എന്റെ മുന്നിൽ ഒന്നുമല്ല ഇങ്ങനെയൊക്കെ ഒരു വിചാരം ഏതായാലും ഭഗവാൻ അത് മൈൻഡ് ചെയ്തില്ല ഭഗവാൻ ഭീമസേനെ പ്രോത്സാഹിപ്പിച്ചിട്ട് വന്നു യക്ഷൻ തന്നെ അവനെ പറ്റുള്ളൂ രണ്ടു ദിവസം ഗതായുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ഭീമസേന മനസ്സിലായി ഇവന്റെ മേൽ ഒരു ഗതയും പ്രയോഗിക്കാൻ പറ്റില്ലാണ് എന്നാലും ഭീമൻ അഹങ്കാരം വിട്ടില്ല കൃഷ്ണൻ ചോദിക്കും രാത്രിയിൽ ഓ എല്ലൊക്കെ തകരല്ലേ കൃഷ്ണാണ് ഭഗവാൻ അത് അങ്ങനെ എങ്ങോട്ട് വിട്ടുകൊടുത്തു ഇരുപത്തിയേഴ് ദിവസം ജരാസന്ദനായിട്ട് യുദ്ധം ഇരുപത്തേഴാമത്തെ ദിവസം ഭഗവാൻ ജ്യേഷ്ഠനോട് എന്ന് അപ്പോ ഒരു ഞരക്കം കേൾക്കും എന്തു പറ്റി ഞാൻ അന്ന് പറഞ്ഞില്ല എല്ലു അതെ അത് അവന്റെ ആയിരുന്നില്ല എന്റെ ആയിരുന്നു ഹെയ് അതെങ്ങനെ അങ്ങനെ സംഭവിച്ചത് ഒന്നും പറയേണ്ട നിങ്ങൾ കിടന്നുറങ്ങിയിട്ട് വേണം ഒരു കാര്യം ചെയ്യാൻ എന്താ കാര്യം ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനാണ് അയ്യോ നമുക്ക് ചേർന്ന പടിയില്ല ക്ഷത്രിയന്മാർക്ക് ചേർന്നതല്ല ക്ഷത്രിയനുസരി അവന്റെ അടി കൊണ്ട് ചാവൻ എനിക്ക് വിധി എനിക്കിഷ്ടമല്ല എന്ന് ഇപ്രകാരം പറഞ്ഞപ്പോ ഭഗവാൻ അദ്ദേഹത്തിനെ ഒഴിഞ്ഞുവെന്നും എന്നിട്ട് പറഞ്ഞു ഗഥകൊണ്ടല്ല അവരെ കൊല്ലേണ്ടതെന്ന് പിന്നെ എന്തുകൊണ്ടാണ് കൃഷ്ണ ബുദ്ധി കൊണ്ട് എന്ന് അതെന്താ ബുദ്ധി കൊണ്ട് കൊല്ലണം എന്ന് പറഞ്ഞാൽ ഇവന്റെ ജന്മത്തിന് പിന്നിലൊരു കഥയുണ്ട് പണ്ട് ഇവന്റെ അമ്മ പ്രസവിച്ചപ്പോ രണ്ടമ്മമാരുണ്ട് ശരിക്കും ഇവന്റെ അച്ഛന്റെ മക്കളുണ്ടായിരുന്നില്ല ഒരു മഹർഷി അന്നൊക്കെ എങ്ങനെ വെച്ചാൽ മഹർഷിമാരെ വിളിക്കും യാഗം ചെയ്യും ഇന്ന് ഡോക്ടർമാരെ എടുത്ത് പോകുന്ന പോലെ എഴുതിരന്ന് ഈ മഹർഷിമാരെ വന്ന് യാഗം ചെയ്യും പുത്രകാമിഷ്ടി അതിൽ നിന്ന് പായസം വരും ആ പായസം പത്നിക്ക് കൊടുത്താൽ പത്നി ഗർഭിണിയോ അന്നത്തെ പായസത്തിനങ്ങനെ പ്രത്യേകത ഉണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞാൽ അപകടം പിടിച്ച പായസമായിരുന്നു അന്ന് ഹിന്ദുവിന്റെ പായസം കഴിച്ച ഗർഭം വരില്ല വേറെ പലതും വരും കാലം മാറിപ്പോയി വേറെ അസുഖങ്ങളും വരും ഏതായാലും ഈ പായസം ഒരു പത്നിമാര് രണ്ടുപേരും പകുത്തു ഒരാളെ കുടിക്കാൻ പാടുള്ളൂ രണ്ടുപേരും പകുതി പകുതി കഴിച്ചപ്പോ എന്തുണ്ടായി ഒരു കുട്ടിയുടെ രണ്ട് ഭാഗങ്ങൾ രണ്ടുപേരും എങ്ങനെയായിരിക്കുന്നു ആരോഗ്യ സൗകുതികള് പകുതി കൈ പകുതി കാലായിട്ട് ഇവരെ ഈ മാംസ കഷ്ണം കാട്ടിൽ വലിച്ചെറിഞ്ഞു അവിടെ വെച്ച് ജൊരാന്ന് പറയുന്നൊരു സ്ത്രീ ഈ ശരീര കഷ്ണങ്ങളെ കൂട്ടിച്ചേർത്തു അങ്ങനെ ആദ്യത്തെ സർജറി ഈ മാംസപിണ്ഡങ്ങൾ ചേർത്തിട്ട് ഇന്നല്ലേ കയ്യും കാലം കൂട്ടിച്ചേർത്തൽ ഓപ്പറേഷനൊക്കെ സക്സസ് ആക്കി വരുന്നത് അന്ന് ആദ്യം ചെയ്തത് ഒരു എഡ്യൂക്കേഷനും ഇല്ലാത്ത കാട്ടാസ്ട്രിയാണ് നമുക്ക് വ്യാസപകാരം ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ആ കാലത്ത് നിന്നുള്ളതിനുഭുതല്ലേ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ രണ്ട് മനുഷ്യ ഭാഗങ്ങളൊക്കെ അതുകൊണ്ട് ഇവനെ കൊല്ലേണ്ടതും ഇതേ വിധത്തിൽ ഏത് വിധത്തിൽ ഏതു ഭാഗം കൂട്ടിച്ചേർത്തിട്ടുണ്ടോ മുളയെല്ലാം കീറല്ലോ അതുപോലെ ഇത് കേട്ടപ്പോ ഭീമ പറഞ്ഞു ഇത്രയും പണിയുള്ള കൃഷ്ണ ഒന്ന് നേരത്തെ പറയണ്ടേ എന്ന് ഉടനെ ഭഗവാൻ പറഞ്ഞു ജ്യേഷ്ഠന് ലേശ് ഒരു വിചാരം ഉണ്ടായിരുന്നു ഗതകൊണ്ടൊക്കെ നടക്കുന്നു ചിലടത്തൊക്കെ ഗതയല്ല നടക്കുക ചിലടത്തൊക്കെ ബുദ്ധി നടക്കുന്നു ചിലർക്ക് അങ്ങനെ വിചാര എന്റെ ശക്തി ഉണ്ടെങ്കിൽ ലോകം കിടക്കാന്നുള്ളതാണ് എല്ലായിടത്തും നടക്കില്ല ഭീമസേനയുടെ ഒരു വിചാരണ്ടായിരുന്നു ശക്തി കൊണ്ട് ലോകം കിടക്കാന്ന് അപ്പൊ കൃഷ്ണൻ പറഞ്ഞു ശക്തി മാത്രം പോരാ എന്തുകൂടി വേണം ബുദ്ധിയുടെ വേണം ഇപ്രകാരം ആ ജരാസന്ദര വധിച്ച് പിന്നീട് രാജാക്കന്മാരെ മുക്തമാക്കിയതാണ് ആ രാജാക്കന്മാര് മുക്തരായ രാജാക്കന്മാര് അവിടെ വച്ച് ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ണതക്ലേശനാശായ ഗോവിന്ദ നമോ ഇപ്രകാരം സ്തുതിച്ചുകൊണ്ട് സകല ക്ലേശങ്ങളിൽ നിന്ന് മുക്തമാക്കേണമേ ഭഗവാനെ വിവേകമില്ലാതെ ജീവിച്ചതുകൊണ്ടാണ് ജരാസന്ദന്റെ അധീനതയിൽ വീണത് ഇനിയെങ്കിലും ഞങ്ങളെ അനുഗ്രഹിക്കേണമേ എന്ന് പറഞ്ഞ് ഭഗവാൻ അവർക്ക് അനുഗ്രഹിച്ച് എല്ലാവരെയും ഭഗവാൻ അവിടെ രാജസൂയയാഗത്തിന് ക്ഷണിച്ചുകൊണ്ട് രാജസൂയയാഗത്തിന് ഭഗവാൻ പോയി എന്നിട്ടോ പ്രജകൃഷി യുധിഷ്ഠിരേ തതനുരാജസൂയാധരം പ്രസന്നീരകൽപ്പവൽ സകരരാജരാജകീരേ തികം അങ്ങനെ ജരാസന്ദ മതവും കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ യുധിഷ്ഠിരേ പ്രസന്നപൽ യുധിഷ്ഠിര അത്യന്തം പ്രസന്നനായി പിന്നീട് രാജസു ഈ യാഗത്തിന്റെ ചടങ്ങുകൾ ആരംഭിച്ചു അതിൽ വച്ച് ഭഗവാൻ ബ്രാഹ്മണരെയൊക്കെ മഹാത്മാക്കളെയൊക്കെ നിജപതാവ ധികം കാലുകൾ കഴുകിക്കൊണ്ട് അങ്ങനെ യുധിഷ്ഠിരൻ പരമമായ ഭാഗ്യം അനുഭവിച്ചു തതസവരമഗ്രൂജാവിധി സഹദേവവാ ുഷം തൃപ്തി ഈ യാഗത്തിൽ ആരെയാണ് അഗ്രജസ്ഥാനത്തിരുത്തി പൂജിക്കേണ്ടത് ഒരാളെ ശ്രേഷ്ഠനായിട്ടിരുത്തി പൂജിക്കണം എന്ന് ചോദിച്ചപ്പോ സഹദേവനാണ് പറയുന്നത് ഇക്കാര്യത്തിൽ എന്താ ഒരു സംശയം യാതൊരു സംശയവും വേണ്ട ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണ ഭഗവാനെപ്പോലെ ഇത്രയധികം നമ്മളെ അനുഗ്രഹിച്ച മറ്റൊരാളില്ല അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെയാണ് അഗ്രജസ്ഥാനത്തിരുത്തി പൂജിക്കേണ്ടതെന്ന് കേട്ടപ്പോ എല്ലാവരും അതിനെ അനുകൂലിച്ചു ഭഗവാനെ അവരെല്ലാവരും കൂടി ചേർന്ന് പാദാഭിഷേകം ചെയ്യുകയാണ് പിന്നീട് ആ അഭിഷേകത്തിൽ പറയുന്നു ഭുവനമേവ തൃപ്തി ഭുവനം തന്നെ തൃപ്തമായി തീർന്നു സകല തീർത്ഥസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന തീർത്ഥജലം കൊണ്ട് അവർ ഭഗവാനെ അഭിഷേകം ചെയ്തതാണ് രാജസൂയ ചടങ്ങിലെ പ്രധാന ചടങ്ങായ ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന ചടങ്ങ് നമുക്കവിടെ ഭഗവാന്റെ വിഗ്രഹം അഭിഷേകം ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗം സ്മരിക്കാം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 ാമസനം ആ ഭഗവത് പൂജയിൽ ഭുവനമേവ തെറ്റിന്തതു ഭുവനം തന്നെ പവിത്രമായി ഭുവനം തന്നെ സന്തോഷമക്തമായി തീർന്നു അതിനുശേഷം പിന്നീട് ർപേശുഷ്ടസ്സഹോജപുംമം പാണ്ഡവ അങ്ങനെ ഭഗവാനെ അഗ്രജപൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ അഗ്രിജപൂജ കഴിയുന്നതും അവിടെ ഉച്ചത്തിൽ ഒരു അലർച്ച കേട്ടു ആരാണിവരെ പൂജിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ കൃഷ്ണൻ എന്ത് യോഗ്യതയുണ്ട് പണ്ട് പശുക്കളെ കൊണ്ട് നടന്നതാണോ അല്ലെങ്കിൽ ഗോപികമാരെ വസ്ത്രം അപഹരിച്ചതാണോ പിന്നീട് ചോദിക്കുകയാണ് ആ രുക്മിണിയെ അപഹരിച്ചുകൊണ്ടുവന്നില്ലേ എന്റെ ഭക്തിയായിരുന്നില്ലേ അയാൾ അവള് എന്നൊക്കെ പറഞ്ഞ് ഒരാള് ഭഗവാനെ ചീത്ത പറയാൻ തുടങ്ങി എല്ലാവരും നോക്കി ആരാ പറയുന്നത് അപ്പൊ മനസ്സിലായി ആരാണ് ശിശുപാലനാണ് ചേരി രാജാവ് ശിശുപാലൻ കാരണം അയാൾക്ക് കൃഷ്ണനോട് ഭയങ്കര വിരോധം വരാൻ കാരണം അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ കൃഷ്ണൻ അപഹരിച്ചുകൊണ്ടുവന്നത് പിന്നെ അങ്ങോട്ട് ചീത്ത വാക്കുകൊണ്ട് അഭിഷേകം വ്യാസനില്ല ഇവിടെ മറ്റവരില്ല ഇവിടെ എന്തിനും കൃഷ്ണനെ പൂജിക്കണമെന്ന് കുറെയൊക്കെ ആളുകൾ അയാൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് കൈ കൊട്ടിച്ച് കൈ കൊട്ടിയിട്ട് സന്തോഷിക്കാൻ തുടങ്ങി അപ്പൊ പേടി വന്നു ധർമ്മപുത്രക്ക് രണ്ട് ചേരിയായി പോയാൽ പോയില്ലേ വലിയൊരു സംഭവമാണല്ലോ അത് മുഴുവൻ നാശമാവില്ലേ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ഭഗവാൻ പാണ്ഡവരോട് പറഞ്ഞു നിൽക്കൂ നിൽക്കൂ ഒന്നും ചെയ്യേണ്ട ഭഗവാൻ തന്നെ നീതു സുദർശന ചക്രം കൊണ്ട് അവന്റെ ശിരസാറയാണ് എന്നിട്ടോ അവനെ അനുഗ്രഹിക്കുന്നതാണ് നിവാര്യ നിജപക്ഷകാനഭിമുഖ്യോനസ്യാ ശബ്ദേക ആ ശിശുബാലനെ പാണ്ഡവരെ തളന്നു നിർത്തിയിട്ട് ഭഗവാൻ തന്നെ നിജപക്ഷകാൻ നിവാര്യ അഭിമുഖ്യ വിദ്വേഷണ തന്റെ നേരെ തിരിഞ്ഞുവരുന്ന ആ ശിശുപാലനെ ഭഗവാൻ തന്നെ ശിരത്വം തന്റെ ചക്രം കൊണ്ട് അവന്റെ ശിരസ്സിനെ അരിഞ്ഞുവീഴ്ത്തി എന്നിട്ട് ഭഗവാൻ അവനെ അനുഗ്രഹിച്ചു അവന് സായുജ്യം നൽകി കാരണം യോഗിനാം ദുർലവും പരം ഭഗവാനെ അങ്ങനെയെങ്കിലും പ്രാപിക്കാൻ സാധിക്കുക ഭാഗ്യം തന്നെയാണ് ഇപ്രകാരം അവനും സായുജ്യം പ്രാപിച്ചു ഇവനാരായിരുന്നു അത്രേ കഥ പറയുമ്പോൾ പറയാ നേരത്തെ ജയവിജയന്മാരായിരുന്നു ആ ജയവിജയന്മാര് ശിശുപാലനായി വന്നിരിക്കുകയാണ് അങ്ങനെ ഓരോ ജന്മങ്ങളിൽ അവരവരെ ശുദ്ധീകരിച്ചു വരുമ്പോൾ ആ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി അവര് ഭഗവാനെ പ്രാപിച്ചു ഈ കഥയിലൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സത്യം നമ്മളൊക്കെ ഒരു ശുദ്ധീകരണത്തിന്റെ പ്രക്രിയയിലാണ് നമ്മുടെയൊക്കെ മനസ്സ് നമ്മളറിയാതെ അവരിലേക്ക് എടുക്കുന്നത് ഭഗവാനിലേക്ക് പക്ഷേ അത് താനെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ താനെടുക്കും ഇല്ലയോ പറയാൻ പറ്റില്ല അതായത് ചില നല്ല ആളുകളുടെ കൂടെ കൂടിയാലുണ്ടല്ലോ കുറേയൊക്കെ നന്മ നമ്മളിലും ഉണ്ടാവും പക്ഷേ ഉണ്ടെങ്കിലും നമ്മളെ ഉയർത്തണമെങ്കിൽ നമ്മൾ തന്നെ വേണം പ്രയത്നിക്കാൻ മറ്റുള്ളവരിലെ കൂടെ കൂടി കുറെ ഗുണവിശേഷങ്ങളൊക്കെ ഉണ്ടായി വരും ഉദാഹരണത്തിന് ഒരു കുട്ടി ജനിക്കുന്നത് വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരു ഫാമിലിയിലാണെങ്കിൽ ആ കുട്ടിയിലും ആ വെജിറ്റേറിയന്റെ ഒരു സംസ്കാരം ഉണ്ടാവും അങ്ങനെ ആ കുട്ടി പ്രയത്നമില്ലാതെ തന്നെ സംസ്കാരം കിട്ടും പക്ഷേ കുട്ടിയെ ഉയർത്തണമെങ്കിൽ അതിനാരു തന്നെ മെനക്കെടണം ആ കുട്ടി തന്നെ മെനക്കെടണം എന്ന് ഇതുപോലെ നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ സായുജ്യം കിട്ടാൻ സാധിച്ചു എന്ന് വരും ഏത് കിട്ടണം ബ്രഹ്മനിർവ്വാണം എന്ന് പറയുന്ന അനുഭൂതിയാണ് കിട്ടേണ്ടതെങ്കിൽ അതിന് നമ്മൾ നല്ലവണ്ണം പ്രയത്നിക്കേണ്ടതുണ്ട് ഇപ്രകാരം ഭഗവാൻ അനുഗ്രഹിച്ചു എന്നിട്ടോ തതസ്വുമേ നിരുടെ ിതസമാ ആ യാഗം അതിഗംഭീരമായി നടന്നപ്പോ തന്നെ ദുര്യോധനന്റെ ഉള്ളിൽ പാണ്ഡവരോടുള്ള അസൂയ മൂത്ത് മൂത്ത് മൂത്ത് വന്നു അപ്പോൾ ദുര്യോധന് തോന്നി ഹസ്രവർ അവർക്ക് കൊടുത്തിരുന്നത് നമുക്കെടുക്കാറുണ്ട് കാരണം ഈ രാജസൂയ യാഗത്തിന് ഭഗവാൻ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വം കൊടുത്തിരുന്നു അതിൽ ഫൈനാൻസ് കാര്യങ്ങൾ നോക്കിയിരുന്നത് പണത്തിന്റെ കാര്യങ്ങൾ ദുര്യോധനായിരുന്നു ദാനകർമ്മങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചത് കർമ്മനയായിരുന്നു അടുക്കളക്കാര്യം വ്യവസേന ഏൽപ്പിച്ചു കാരണം അങ്ങനെ അതിന് പറ്റൂ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തം ഭഗവാനുണ്ടായിരുന്ന ഉത്തരവാദിത്തം എന്താ ഉത്തരവാദിത്തം വെച്ചാൽ വരുന്നവരുടെയൊക്കെ കാല് കഴുകുക എന്നുള്ളത് ഭഗവാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടു നോക്കണ ഒരു മഹത്വം വരുന്നവരുടെയൊക്കെ കാല് കഴിച്ചു എന്ന് എന്നിട്ട് ദുര്യോധനാണെങ്കിൽ എല്ലാം കള്ളക്കണം കഴുകിവെക്കും വരുന്നതൊക്കെ അധികമായിരിക്കും ഒരു ലക്ഷം വന്നാൽ അമ്പതിനായിരം വന്നു എഴുതി വെക്കും ഇതെങ്ങനെയെങ്കിലും നശിപ്പിക്കുന്ന ഈ പ്രോഗ്രാം കർണനെ കൊണ്ട് പറയും വരുന്നതിന്റെ ഇരട്ടി ദാനം ചെയ്തോളൂ എന്ന് ഭഗവാന്റെ ഒരു കാരുണ്യം അപ്പോഴാണ് കർണൻ മനസ്സിലാക്കിയത് ഒരു പത്തിലോട് ദാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്പതിലോടാണ് വരാൻ നിൽക്കണതേ ഒരു അമ്പതിലോട് അരിയുണ്ട് കാത്തിരിക്കണമെന്ന് എല്ലാം കൊണ്ട് കർണനുമെത്തി ഈ സംഗതി ഇത്ര സക്സസ് ആവുന്നവരും വിചാരിച്ചില്ല ഏതായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സദ്യയൊക്കെ കഴിഞ്ഞു സദ്യ കഴിഞ്ഞിട്ട് അവര് പാണ്ഡവരുടെ ഇന്ദ്രപ്രസ്ഥം കാണാൻ വേണ്ടിയിട്ട് ദുര്യോധനന് നേതൃത്വത്തിൽ കൗരവന് തയ്യാറായി അപ്പൊ പറഞ്ഞു ഞാൻ മുന്നിൽ നടക്കാം നിങ്ങൾ പുറകിൽ വന്നാൽ മതി അകത്ത് കയറിയതും ഇന്ദ്രനീല കല്ലുകളാണ് ഭാവിയിരിക്കണത് ദുര്യോധന തോന്നി നല്ല വെള്ളമുള്ള സ്ഥലമാണെന്ന് വസ്ത്രം പതുക്കുന്നു പിന്നെ പറയേണ്ടല്ലോ ബാക്കിയുള്ളവരുടെ കാര്യം അവരൊക്കെ ദുര്യോധന വെച്ച എതിരാണെന്ന് അവിടെ എന്തുകൊണ്ട് തോന്നുന്നു അവരുടെ കാല് വെച്ചു പൊട്ടന്മാരെ താഴത്ത വസ്ത്രമെന്ന് ഇവിടെ നമ്മളെ പറ്റിച്ചതാണെന്ന് വീണ്ടും അടുത്ത മുറിയിലേക്ക് കയറിയപ്പോൾ അവിടെ ഇന്ദ്രനീല കല്ല് ദുര്യോധന മനസ്സിൽ പറഞ്ഞു ഒരിക്കലേ പറ്റി എന്നെ പറ്റിക്കാൻ പറ്റുള്ളൂ ഞാൻ അത്ര ബുദ്ധിയില്ലാത്തല്ല കാല് വെച്ചതും പിന്നൊരു ശബ്ദം കേൾക്കുന്നതും ബ്ലും എന്നുള്ള പിന്നെ വെള്ളത്തിൽ മുങ്കിപ്പൊങ്ങണ എല്ലാവരും ചിരിച്ചു ഭീമസേന കുലുങ്ങി കുലുങ്ങി അല്ലെങ്കിൽ തടയുള്ളവർ തിരിച്ചു കഴിഞ്ഞാൽ തന്നെ രസമാണ് ചിരിച്ച് ചിരിച്ച് തിരിച്ചിരിച്ച് പാഞ്ചാലി കൂട്ടരൊക്കെ ചിരിക്കാൻ തുടങ്ങിയപ്പോ ആ സമയത്ത് ഭഗവാനും ചിരിച്ചുകയാണ് എന്തിനാവാോ ഭഗവാൻ ചിരിച്ചത് ഭഗവാൻ ചിരിച്ചത് മഹാഭാരത യുദ്ധത്തിനുള്ള വിത്ത് അവിടെ ഭാവി കഴിഞ്ഞു ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായി തന്റെ അവതാര ലക്ഷ്യമുണ്ടല്ലോ അത് നടക്കാൻ പോകുന്നു എന്നുള്ളതിൽ ഭഗവാനെ സന്തോഷിച്ചു ഇപ്രകാരം ഒരു ലീല ആ രാജസൂയ യാഗത്തിൽ തന്നെ ഉത്സവത്തിന്റെ ആനന്ദ ഉത്സവത്തിൽ തന്നെ ഒരു ദുഃഖത്തിലേക്കുള്ള വിത്തും പാവിക്കഴിഞ്ഞു ഇതാണ് പ്രകൃതിയുടെ നിയമം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ സന്തോഷത്തിന്റെ ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ ഒരു മരണത്തിന്റെ വിത്തും പാവിക്കഴിഞ്ഞു ഒരു ദുഃഖത്തിന്റെ വിത്തും പാവിക്കഴിഞ്ഞു അതില്ലാതെ പ്രകൃതിക്ക് നിലനിൽക്കാൻ പറ്റില്ല സൂര്യൻ ഉദിച്ചിരു അതിൽ തന്നെ ഒരു അസ്തമയത്തിന്റെ ദുഃഖവും ഉണ്ടായേ പറ്റുള്ളൂ എന്നിട്ടോ തഥാ ഹസിതമുത്തിതം ധ്രുപദനന്ദനാഭിമയോ അപാംഗകലയാൻ ജനാർദ്ദനിലയാമയാൽ ദ്രുപദനന്ദനാഭിമയോത്തിതം ഹസിതം ആ ദുര്യോധനൻ വീണപ്പോ അവിടെ ഒരു ചെറിയ പുഞ്ചിരി ആരുടെ മുഖത്തൊക്കെ ഉണ്ടായി ഭീമസേനന്റെയും പാഞ്ചാലി തുടങ്ങിയവയുടെ ഒക്കെ മുഖത്തുണ്ടായപ്പോ ഭാഗവതത്തിൽ വാസ്തവത്തിൽ പാഞ്ചാലി ചിരിച്ചു എന്നില്ല പാഞ്ചാലി ചിരിച്ചു എന്നുള്ള ഭാഗം വ്യാസഭഗവാൻ ഭാഗവതത്തിൽ നിന്നെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് സ്ത്രീകൾ ചിരിച്ചു എന്നേ കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് പാഞ്ചാലി തിരിച്ചൊന്ന് കാണാൻ പറ്റില്ല ഏതായാലും ഇവിടെ ഇവിടെ പാഞ്ചാലി എന്നെടുത്ത് പറയുന്ന ഭക്ഷണരിപ്പാട് അപ അംഗകളിയാത്താവൻ ഒജമ്പൻ ഇത് കണ്ടപ്പോ ദുര്യോധനൻ ആ ചിരി കണ്ടപ്പോ ഉള്ളിലങ്ങോട്ട് വലിയ ദേഷ്യം വന്നു പാണ്ഡവരോട് പ്രതികാരം വന്നു അവിടെ വച്ച് ശപഥം ചെയ്ത ദുരോധനൻ എന്താണ് പാഞ്ചാലിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ ചിരിക്ക് ഞാനൊരു കരത്തിൽ നിനക്ക് തരുന്നത് സമയം വരട്ടെ തക്ക സ്ഥലം വെട്ടട്ടെ ഇപ്രകാരം പറഞ്ഞപ്പോ ജനാർദ്ദനും ഒന്ന് ചിരിച്ചു എന്നാണ് കാരണം സപതി പറയാണ് ധരാവനിരാകൃതോ സപതി വഹൻ ഈ ഭൂമിയുടെ ഭാരം തീർക്കാനുള്ള മഹാഭാരത യുദ്ധത്തിന്റെ വിത്തവടെ പാകിയതിൽ ഭഗവാൻ ചിരിച്ചു ഇപ്രകാരം ഭഗവാനെ ലീലകളാടി ഗുരുവായൂരപ്പ എന്നെ എല്ലാവിധത്തിലുള്ള രോഗത്തിൽ നിന്നും മുക്തനാക്കേണമേ എന്ന് പട്ടുകരിപ്പാട് പറയാണ് ഈ കഥകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണേ ജരാസന്തം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രയർത്ഥം ആരാണ് ഈ ജരാസന്തൻ ജരാസന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെയാണ് ജരാസന്ത എന്ന് പറയാം ജരാസന്ത എന്ന് പറഞ്ഞാൽ ശരീരവും ശരീരത്തോട് ചേർന്ന മനസ്സിനെയും അങ്ങനെ പറയുമ്പോഴേ പൂർണ്ണമാണല്ലോ ജരാമരണമുള്ള സാധനം നമ്മുടെ ശരീരമാണ് ശരീരത്തിന് ജര വ്യാധികളൊക്കെ വന്നേ പറ്റുള്ളൂ അതിനോട് സന്ധി ചെയ്തിരിക്കുന്ന മനസ്സിനെയാണ് ജരാസന്ധൻ ജരയോട് സന്ധി ചെയ്തിരിക്കുന്ന മനസ്സ് നർത്ഥം ഇതാരാണ് ഇങ്ങനെ സന്ധി ജയിച്ചത് ജര എന്ന് പറയുന്നൊരു രാക്ഷസിയാണ് എന്ന് വെച്ചാൽ എന്താർത്ഥം ഈ ശരീരത്തോടുള്ള നമ്മുടെ അമിതമായൊരു അഭിനിവേശം ആകർഷണമാണ് മനസ്സിനെ ആരിനോട് ഒട്ടിപ്പിടിപ്പിക്കുന്നത് ശരീരത്തോടൊട്ടിപ്പിടിക്കുന്നത് ഇനി നമ്മൾ വിവേകം കൊണ്ട് വേണം ബലം പ്രയോഗിച്ചത് കണ്ട് കാര്യമില്ല ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വിവേകം വേണം മനസ്സിനെ ശരീരബോധത്തിൽ നിന്നും ആരിലേക്ക് കൊണ്ടുവരാൻ ഭഗവാനിലേക്ക് കൊണ്ടുവരാൻ